ചർച്ച ചെയ്തത് ഇവിടെ ഈ ചർച്ച ചെയ്യുന്ന ഉപനിഷത്വം മുമ്പ് വന്ന കർമ്മകാണ്ഡവുമായിട്ടുള്ള ബന്ധം കർമ്മകാന്ഡത്തിന് ശേഷം ഉപനിഷത്വം എന്താ എന്താണോ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നിഷ്കമമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മനഃശുദ്ധി വന്നവർക്ക് വിരക്തനായ വിരക്തി ഉള്ളവർക്ക് ശ്രവണമന വ്യതിഹാസ ഉപനിഷത്തിലൂടെ അതാണ് ഉപനിഷത്തിന്റെ ആവശ്യം ശ്രവണമെന്നിലൂടെ വരുന്ന പ്രത്യേക ആത്മാവ് തന്നെയാണ് ബ്രഹ്മം എന്നുള്ള അപരോക്ഷമായ സ്വസ്വരൂപം തന്നെയാണ് പരമാത്മാവ് എന്നുള്ള അപരോക്ഷജ്ഞാനം അതുകൊണ്ട് സംസാര ബീജം അജ്ഞാനം ഈ സംസാരത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാനം അജ്ഞാനം എന്തിനു കാരണമാണ് കാമ കർമ്മ പ്രവൃത്തി കാരണം കാമം കർമ്മം പ്രവൃത്തി ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അജ്ഞാനം അശേഷത നിവർത്തനത്തെ പൂർണ്ണമായും ഇല്ലാതാവുന്നു നിഷ്കാമ കർമാനുഷ്ഠാനം അതുകൊണ്ട് ചിത്തശുദ്ധി അതുകൊണ്ട് വിരക്തി എന്നുമ്പോൾ പറഞ്ഞു ജിജ്ഞാസ ഉണ്ടാവുന്നു ഗുരുവിനെ സമീപിക്കുന്നു ആത്മവിജ്ഞാനം അത് ശ്രവിക്കുന്നു ജ്ഞാനം അനുഭവമായിത്തീരുന്നു അജ്ഞാനം നശിക്കുന്നു കാമകർമ്മ പ്രവൃത്തി കാരണം ആയിരിക്കുന്ന അജ്ഞാനം പൂർണമായും നശിക്കുന്നു അങ്ങനെ വന്നുകഴിഞ്ഞാലോ തത്രപ്പോ മോഹക്കാശോ ഏകത്വം അനുഭവിച്ചില്ല വിധി മന്ത്രം പറഞ്ഞാൽ ആ ഒരവസ്ഥയിൽ അവൻ ശുഖം മോഹങ്ങളൊന്നുമില്ല ശോകമോഹങ്ങളില്ലാതിരിക്കുന്ന അവസ്ഥയെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യത്നങ്ങളെല്ലാം അത് ഏകത്വം അനുവസിത ഏകത്വജ്ഞാനം കൊണ്ട് ഏകത്വ സാക്ഷാത്കാരം കൊണ്ട് അത് സാധ്യമാകൂ അതാണ് ഇതിന്റെ ഫലം തരതിശോകം ആത്മവിത്ത് ശോകത്തെ തരണം ചെയ്യുന്നു ശോക തരണമാണ് ആധ്യാത്മിക ജീവിതത്തിന്റെ ഫലം അതിൻ്റെ എല്ലാ സാധനങ്ങളുടെയും ഫലം അശോക തരണം തന്നെയാണ് ആനന്ദപ്രാപ്തി എന്ന് പറയുന്നത് രണ്ടു ഒന്നാണ് അത് ശ്രുതിയിൽ അതിന് വിശദീകരിക്കുന്നു പറയുന്നു ഹൃദയ ഗ്രന്ഥിന്റെ സർവസംശയാർമാണി ിദ് ഹൃദയഗ്രന്ഥി അജ്ഞാനം എന്ന് പറയും അധ്യാസം എന്ന് പറയും പലതരത്തിലതിന് വ്യാഖ്യാനിക്കും എന്താണോ ഈ സംസാരത്തിന് മൂലകാരണമായിരിക്കും അത് ഏതായാലും ജ്ഞാനമെന്നോ അഭ്യാസമൊന്നും എന്തുപറഞ്ഞാൽ കാമകർമ്മങ്ങൾക്ക് ബീജമായിരിക്കുന്നു അത് ഭേദിക്കുന്നു ഇല്ലാതായിത്തീരുന്നു മുമ്പ് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞല്ലോ ശ്രോത്രിയും ബ്രഹ്മനിഷ്ഠം ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിരിക്കുന്ന ഗുരുവിനെ സമീപിച്ച് ജ്ഞാനം പ്രാപിക്കുക ഛിദ്ന്റെ സർവസംശയാ സർവ സംശയങ്ങളും ാതായിരുന്നു എന്തുകൊണ്ടാണ് അവൻ ജിജ്ഞാസയോടുകൂടിയാണ് ഗുരുവിനെ സമീപിച്ചത് ജിജ്ഞാസയുള്ളവന് സംശയമുണ്ട് സംശയമെന്ന് പറയുമ്പോൾ ഗുരുവിനെ കുറിച്ചുള്ള സംശയമല്ല ആത്മാവിനെ കുറിച്ചുള്ള സംശയം ആത്മാതിന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ മുക്തിയുടെ സ്വരൂപത്തെ കുറിച്ചുള്ള സംശയങ്ങൾ മുക്തിയുടെ ഹേതുക്കൾ എന്താണ് അങ്ങനെ വരുന്ന ആത്മീയമായ സംശയം ആ സംശയങ്ങളെല്ലാം ഇല്ലാതായിത്തീരുന്നു അഹൃദയഗ്രന്ഥിനാശം വരെ ഗ്രന്ഥി എന്ന് വെച്ചാൽ കെട്ട് ബന്ധിപ്പിക്കുന്നതെന്ന് നടത്തി ഈ ജീവനെ ഈ സംസാരത്തോട് ബന്ധിപ്പിക്കുന്നു അത് അതിന് മൂലമായി പറയുന്നത് പരമകാരണമായി പറയുന്ന അജ്ഞാനത്തിൽ തന്നെ അതിനെ തുടർന്ന് വരുന്നതാണ് ബാക്കിയല്ല അത് നശിച്ചു കഴിയുമ്പോൾ അതാണ് സംശയത്തിന് കാരണമായിരിക്കുന്നത് സർവ സംശയങ്ങൾ അവിടെ ഇല്ലാതായിത്തീരുന്നു കർമാണി കർമ്മങ്ങളെല്ലാം ഒടുങ്ങുന്നു കർമ്മങ്ങളുടെ സ്വാഭാവികമായ നാശം അവിടെ സംഭവിക്കുന്നു കർമ്മങ്ങളുടെ സ്വാഭാവികമായ ത്യാഗം ഇവിടെ സംഭവിക്കുന്നു കർമ്മത്യാഗത്തെ കുറിച്ച് ഇനി പറയും രണ്ടു തരത്തിലുണ്ടെന്നും വിധേയം മറ്റൊന്ന് അവിധേയം വിധേയമായ കർമ്മത്യാഗമാണ് സന്യാസം അടുത്ത് അതിനെ പറയുന്നത് എന്നുവെച്ചാൽ അത് വിധിച്ചിട്ടുണ്ട് ശാസ്ത്രങ്ങൾ സന്യാസം സന്യസ്യ ശ്രവണം കുര്യാ സന്യസിച്ചിട്ട് ശ്രവിക്കണം വേദാന്ത ശ്രവണം സന്യസിച്ചിട്ട് തരണം അത് വിധേയമായ സന്യാസമാണ് അവിടെ സന്യാസം ബാഹ്യവുമാണ് ആന്തരികവുമാണ് രണ്ട് സംഭവങ്ങൾ ബാഹ്യമായും കർമ്മങ്ങളെ ഉപേക്ഷിക്കും ആന്തരികമായും ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു അത് വിധേയമായ സന്യാസം കർമ്മത്യാഗം ഇവിടെ പറയുന്ന അതല്ല അവിധേയമായിരിക്കുന്നു ആരും വിധിക്കുന്നതല്ല സന്യസിച്ച് വേദാന്ത ശ്രവണം ചെയ്ത് അതിലൂടെ ജ്ഞാനത്തെ പ്രാപിക്കുന്നു ജ്ഞാനവും രണ്ടു തരത്തിലാണ് ഒന്ന് വിധേയം മറ്റൊന്ന് അവിധേയം വിധേയമായ ഞാനൊന്നു പറയുന്ന ഇതാണ് ഇവിടെ പറഞ്ഞല്ലോ ശ്ലോകവ്യോ മന്ദവ്യഹ നിരുദ്ധാസിതവ്യഹ ആത്മതത്വത്തെ ശ്രവിക്കണം അത് വിധിയാണ് വിധേയമാണ് അത് കേട്ടിട്ടാണ് നമ്മൾ ശ്രവിക്കുന്നത് മനനം ചെയ്യണം അനുധ്യാനിക്കണം അതൊക്കെ നിർദ്ദേശിക്കുകയാണ് ശ്രുതി അപ്പൊ ആ നിർദ്ദേശത്തെ പിന്തുടർന്ന് അത് അനുഷ്ഠിക്കും അത് വിധേയമായി അതിന് വിധേയമായ സന്യാസത്തെ സ്വീകരിക്കും അവിടെ ചെയ്യുന്നു ജ്ഞാനത്തെ ആർജിക്കും കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത എന്താണ് പ്രത്യേകാത്മവിഷയം വിജ്ഞാനം സ്രോതും മന്ദം വിജ്ഞാനം അതാണ് കേൾക്കാനും മനനം ചെയ്യാനും ധ്യാനിക്കാനുമുള്ള വിജ്ഞാനം അത് വിധേയമായ വിജ്ഞാനമാണ് ശ്രുതി പറയുന്നു അല്ലെങ്കിൽ ഗുരു പറയുന്നു ഇത് ആവശ്യപ്പെടുന്നു അതുകൊണ്ട് ചെയ്യുന്നു അപ്പോൾ അവിടെ ജ്ഞാനത്തെ ആർജിക്കുകയാണ് അത് വിധേയമായ സന്യാസത്തോടൊപ്പം സന്യാസത്തോടുകൂടിയേ അത് ശരിയാകത്തുള്ളൂ ശ്രമത്യാഗത്തോടുകൂടിയേ ശരിയാകത്തുള്ളൂ അതുകൊണ്ടാണെന്ന് പറഞ്ഞത് സന്യാസ്യ ശ്രമണം ശരിയാകും അതിന്റെ പരിപക്വമായ അവസ്ഥയിൽ അവിധേയമായ ഞാൻ സമ്മതിക്കുന്നു സന്യാസത്തിന് മുമ്പ് കേട്ടിട്ടുള്ളതാണ് എന്താണ് വിവിധ സന്യാസം വിദ്യുത് സന്യാസം അതുപോലെ പരോക്ഷമായ ജ്ഞാനം അപരോക്ഷം പരോക്ഷമായ ജ്ഞാനമാണ് വിധേയമായിരിക്കുന്നത് ഗുരു പറയുന്നത് കൊണ്ട് അനുസരിക്കുന്നു ഗുരു പറയുന്നു ഉപദേശിക്കുന്നുവെന്ന് കേൾക്കുന്നു സസംഗം ശ്രമിക്കുന്നു അവിടെയെല്ലാം പരോക്ഷമായ ജ്ഞാനം അതാവർത്തിക്കുന്നു പരോക്ഷമായ ജ്ഞാനത്തിന്റെ ദാർഢ്യത്തിനുവേണ്ടി സപരികരമായ തത്വജ്ഞാനം എന്ന് പറയുന്നു തത്വത്തെ സംബന്ധിച്ചുള്ള എല്ലാ വശങ്ങളും ശ്രമിക്കുന്നു സാധനയെ കുറിച്ച് അതിന്റെ സാധ്യതയെക്കുറിച്ച് എല്ലാം ശ്രമിക്കും എന്താണ് പരമമായ തത്വം എന്താണ് ഉപായ രൂപത്തിലുള്ള തത്വങ്ങളെല്ലാം ശ്രമിക്കുന്നത് അത് നിരന്തരമാകാം എത്രമാത്രം ഒരാൾക്കാകാമോ ആകാം അതെല്ലാം പരോക്ഷമായ ജ്ഞാനത്തിന്റെ ദാർഢ്യത്തിന് ഉപകരിക്കുന്നു ഇതെല്ലാം വിധേയമാണ് പറഞ്ഞതിനനുസരിക്കുന്നുണ്ട് സംഭവിക്കുന്നു അല്ലെങ്കിൽ സ്വയം ജിജ്ഞാസ കൊണ്ട് സംഭവിക്കുന്നു പക്ഷെ അത് സ്വാഭാവികമായി തീരും അവിധേയമായ ഞാൻ അത് പിന്നീട് സംഭവിക്കുന്നത് എങ്ങനെയാണ് സന്യാസം ശ്രവണം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സഹജമായി സംഭവിക്കുന്ന അതിന് അപരോക്ഷം ഞാൻ ഒന്നുള്ളൂ അവിധേയമായി ഞാൻ അപരോക്ഷ സാക്ഷാത്കാരം അനുഭൂതി എന്നെല്ലാം പറഞ്ഞു അതിന് ഹേതുവായിരിക്കുന്നാണ് കാരണമായിരിക്കുന്നതാണ് അവനുമ്പോ പറഞ്ഞതല്ല അവിടെയാണ് സ്വാഭാവികമായ കർമ്മ ത്യാഗം സംഭവിക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത് ക്ഷീയന്റെ ചസ്യകർമാണി കർമ്മങ്ങൾ സ്വയം ഒടുങ്ങുന്നുല്ലാതായിത്തീരുന്നു സാധാരണ പറയാറുണ്ട കർമ്മങ്ങളെ ഉപേക്ഷിച്ചാൽ പോരാ കർമ്മങ്ങളെ ത്യജിച്ചാൽ പോരാ അത് സ്വയം ഇല്ലാതാവണം അത് രണ്ട് തരത്തിലാണ് സംഭവിക്കുന്നത് കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ട സമയത്ത് അത് ഉപേക്ഷിച്ച് തന്നെ തീരണം ഉപേക്ഷിച്ച മതിയാവും അത് അങ്ങനെയാണ് വിവിധ സന്യാസം കൂടി അത് ഉപേക്ഷിക്കാതെ സ്വയം ഒടുങ്ങത്തില്ല അതിന്റെ സ്വയം ഒടുങ്ങുന്നതിന്റെ മുന്നോടിയായി അത് വേണ്ടെന്ന് വയ്ക്കണം മനസ്സുകൊണ്ട് വേണ്ടെന്ന് വയ്ക്കണം ബാഹ്യമായി വേണ്ടെന്ന് വയ്ക്കണം ൃഷ്ടെരാവ എടുത്തു പറയും പരമാത്മ ദർശനത്തിൽ എന്തു ചെയ്യുന്നു ചെയ്യന്റെ അത് സ്വയം കൊടുക്കുന്നു ആ പരമാത്മദർശനത്തിന്റെ ഒരു ഉപായം എന്നുള്ള അതിനെ വേണ്ടെന്ന് വയ്ക്കുന്നു ഉപേക്ഷിക്കുന്നു അതാണോ രണ്ടും തമ്മിലെ ഈ അവസാനം പറഞ്ഞതിനാണ് വിദ്യുത് സന്യാസം വിധേയമെന്ന് ഗുരു പറഞ്ഞതുകൊണ്ടോ ശ്രുതി നിർദ്ദേശിച്ചതുകൊണ്ടോ നമ്മൾ ചെയ്യുന്നാൽ ആർക്കും അത് അനുഷ്ഠിക്കാൻ സാധ്യ അതങ്ങനെ സംഭവിക്കുന്നു അതൊരിക്കലെ സംഭവിക്കുന്നു ഇപ്പോ തസ്മിൻ ദൃഷ്ടയിൽ പരാവരെയ പരമാത്മദർശനത്തിൽ അപ്രോക്ഷ സാക്ഷാത്കാരത്തിൽ അപ്രോക്ഷാനുഭൂതിയിൽ നമ്മൾ രണ്ടും മുമ്പുള്ള വ്യത്യാസം എന്താ അതിനു മുമ്പുള്ള സന്യാസം അത് അപൂർണമാണ് പൂർണ്ണമല്ല വിവിധ സന്യാസം അതിൽ സന്യാസത്തിന്റെ പൂർണതയല്ല ഞാൻ ബാഹ്യമായി കർമ്മങ്ങളെ ഉപേക്ഷിച്ച് സന്യാസിയായി എന്ന് കരുതാൻ നിവൃത്തിയില്ല എന്നാൽ അത് ശ്രേഷ്ഠമല്ല എന്നല്ല കാരണം അത് ഈ പറയുന്ന വിദ്യുസന്യാസത്തിന്റെ ഹേതുവാണത് അതിന് രണ്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു വിത്യാദി ശ്രുതി ശ്രുതിഭ്യസ്ഥ ആ പരമമായ കർമ്മത്യാഗത്തെ കുറിച്ച് അതെങ്ങനെ സംഭവിക്കുന്നു പറയുന്നു ഇവിടെ ചോദ്യം ജ്ഞാനകർമ്മസമുച്ചയം എന്ന് പറയുന്നത് സന്യാസത്തെ എതിർക്കുന്നവരല്ല സന്യാസം ആവശ്യമില്ല എന്ന് പറയുന്നവരക്ഷ സന്യാസമേ വേണ്ട മുഖ്യമായിട്ടും അതാണ് സന്യസിക്കുന്ന കർമ്മത്യാഗം എന്ന് പറഞ്ഞ എന്താ അവിടെ കർമ്മത്യാഗം രണ്ടാണ് ഒന്ന് ഗൃഹസ്ഥാശ്രമം ധർമ്മം സ്വീകരിക്കാതിരിക്കുക അല്ലെങ്കിൽ സ്വീകരിച്ചതിന് ഉപേക്ഷിക്കുക രണ്ടു ആകാം സ്വീകരിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യാസത്തിലേക്ക് പോവുക സ്വീകരിച്ചിട്ട് ഉപേക്ഷിക്കാവുന്ന ബ്രഹ്മചര്യത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിട്ട് അതിനുപേക്ഷിച്ചിട്ട് സന്യാസം സ്വീകരിച്ചിട്ട് ശ്രവണ മനങ്ങൾ ചെയ്യും മുമ്പ് ഇത് പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞിട്ട് വിശേഷമില്ല എന്ന് തോന്നുന്നുണ്ട് വീണ്ടും പറയും അതുകൊണ്ട് രണ്ടുപക്ഷം ജ്ഞാനകർമ്മ സമുച്ചയവാദികൾ എന്താണ് പറയുന്നത് സന്യാസത്തിന്റെ ആവശ്യമില്ല ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുക അതിൽ ഇരുന്നുകൊണ്ട് തന്നെ ശ്രവണ മനണങ്ങൾ തുടരുക ഞാനകർമ്മ സമുച്ചയമാണ് കാരണം ഗൃഹസ്ഥാശ്രമം കൂടാതെ കർമ്മങ്ങൾ സാധ്യമല്ല കർമ്മം എന്ന് പറയുമ്പോൾ പ്രത്യേകം മനസ്സ് മാറരുത് വൈദികമായ കർമ്മങ്ങളാണ് ൗതസ്മാർത്ത കർമ്മങ്ങൾ അതാണ് അത് പല കർമ്മങ്ങളും പത്നി സമേതനായി അനുഷ്ഠിക്കേണ്ടതുണ്ട് അപ്പൊ ഗൃഹസ്ഥാശ്രമം കൂടിയെ തീരും അവിടെ ഇരുന്ന് അതോടൊപ്പം തന്നെ ശ്രവണ മനനങ്ങളും അനുഷ്ഠിക്കുക ഇവിടെ ശങ്കരാചാര്യ അതിനോട് യോജിക്കുന്നു അതിനെക്കുറിച്ച് പറയുന്ന വേദഭാഗങ്ങളെപ്പോലും നിഷേധിക്കുന്നു ഇനി വരുന്ന ഭാഗത്ത് വരും അത് ശ്രുതിയിൽ നിന്നും മറ്റും ഉണ്ടല്ലോ ഉപനിഷത്തുകളിൽ തന്നെ പറയുന്നുണ്ടോ ഗൃഹസ്ഥന്മാർ രഹസ്യധർമ്മത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ജ്ഞാനികളായി മാറി ശ്രവണ തുടർന്നു അതൊക്കെ വരും അത് നോങ്ങിയിരിക്കാൻ തയ്യാറല്ല ആചാര സമയങ്ങളൊന്നും നോങ്ങിയിരിക്കത്തില്ല ഉപേക്ഷയും മതിയാകും അതാണ് ഞാൻ കർമ്മസമുച്ചയത്തെ നിഷേധിക്കുന്നത് അല്ലാതെ നമ്മളീ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണ പ്രവൃത്തികളും ആത്മവിചാരവും ഒരുമിച്ച് ചെയ്യാൻ പാടില്ല എന്നല്ല ഇങ്ങനെ കർമ്മസമുച്ചയായിട്ട് യാതൊരു ബന്ധവുമില്ല ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിന് എന്തിനെ കുറിച്ചാണ് ഇവിടെയല്ല ഭാഷയത്തിൽ ഇവിടെയെല്ലാം കർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ അത് പൂർവകാന്ഡവും ഉത്തരകാണ്ഡവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് വേദത്തിലെ കർമ്മകാന്ഡവും ഉപനിഷത്തിലെ ജ്ഞാനകാന്ഡവും തമ്മിലെ ബന്ധത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അത് ബന്ധപ്പെടുത്തണമോ ബന്ധപ്പെടുത്തണ്ടേ ബന്ധപ്പെടുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹസ്ഥനായിരുന്നുകൊണ്ട് തന്നെ ശ്രവണ മനനങ്ങൾ ചെയ്യണം ബന്ധപ്പെടുത്തണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കർമ്മങ്ങളെ പാടെ ഉപേക്ഷിക്കുക എന്നുവെച്ചാൽ സന്യാസം സ്വീകരിക്കും സന്യാസം സ്വീകരിച്ചുകൊണ്ട് ശ്രവണമനങ്ങൾ ചെയ്യുക അവിടെ സ്വീകരിക്കേണ്ട ഒരു സന്യാസമുണ്ട് അസ്വീകരിക്കേണ്ട സന്യാസം എന്താണ് കർമ്മത്തിന്റേതായ കർമാനുഷ്ഠാനത്തിന് വേണ്ടതായ സർവത്തെ ഉപേക്ഷിക്കുക യജ്ഞോപവീതവും സിഹയും എല്ലാം ഉപേക്ഷിച്ച് തലമുണ്ടനം ചെയ്ത് സന്യാസിന്റെ മാർഗത്തിലേക്ക് പോകും അപ്പം അവന് കർമ്മം ചെയ്യുന്നതിനുള്ള അധികാരങ്ങളെല്ലാം അവൻ ഉപേക്ഷിക്കുക ശിഹയും യജ്ഞോപവീതമൊന്നുമില്ല കർമ്മം ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ ആവശ്യമാണ് അതെല്ലാം ഉപേക്ഷിക്കുന്നു പനണി തലമൊട്ടയടിക്കുന്നു ഇന്നിപ്പോ ചെയ്യുന്ന തല തണുക്കാൻ വേണ്ടി ഞങ്ങളെപ്പോലെ ചെയ്യുന്നു പണ്ട് അതിന് വേണ്ടിയായിരുന്നല്ലോ കർമാധികാരങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നെ ഉപേക്ഷിക്കുമ്പോ എന്തായിരുന്നു അവിടെ ദർഹസ്യധർമ്മത്തെ ഉപേക്ഷിക്കുന്നു അതാണ് സന്യസി സന്യസിച്ചിട്ട് പിന്നീട് ശ്രോണ മരണങ്ങൾ ചെയ്യുന്നു അത് വേണമോ എന്നാണ് ചോദിക്കുന്ന പൊറോട്ട് ഞാൻ ആ കർമ്മ സമുച്ചയമാകി ഗർഹസ്ഥ ഉപേക്ഷിക്കണമോന്ന സാധ്യമല്ല രണ്ടും കൂടി പറ്റത്തില്ല ഇത് നമ്മൾക്കങ്ങനെ പരസ്യമായി പറയാൻ പറ്റും ഭാഷ്യം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നിന്ന് പരസ്യമായി പറയുന്നു കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരോടെ ആവശ്യപ്പെടേണ്ടി വരും ഞങ്ങൾ ഗൃഹസ്ഥ ധർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് ശ്രവണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായി പറഞ്ഞാൽ തന്നെ പക്ഷെ പരമാർത്ഥാണ് മുന്നണീ ഭാഷയും മറ്റും അങ്ങനെ പരസ്യമായി പഠിപ്പിക്കാൻ കഴിയാത്തത് പറഞ്ഞുകൊടുക്കാൻ കഴിയാത്തത് അറിഞ്ഞാ ഇത് പറയേണ്ടി വരും പബ്ലിക്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉൾക്കൊള്ളുന്നു ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഭാഷകാരണത് ഉറപ്പിച്ച് പറയുന്നു നിങ്ങൾ ബ്രഹ്മചാരിയാണെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിക്കുക ഇപ്പോഴും ഉപേക്ഷിച്ച് അങ്ങോട്ട് പ്രവേശിക്കണ്ട ഗൃഹസ്ഥാശ്രമിയാണെങ്കിലോ ആണെങ്കിലും ഇപ്പോഴേ ഉപേക്ഷിച്ചിരിക്കുക തിരിച്ചു വീട്ടിലേക്ക് പോകണ്ട ആശ്രമത്തിൽ തന്നെ കഴിഞ്ഞാൽ മതി ഇക്കാര്യത്തിൽ ഭാഷകാരന് നിർബന്ധമാണ് യാതൊരു വിട്ടുപേക്ഷത്തേക്കും തയ്യാറുണ്ട് അതാണ് ഞാനകർമ്മ സമുച്ചയത്തെ നിഷേധിക്കുക എന്ന് പറയുന്നതിന്റെ താല്പര്യം അല്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നതിനിടയ്ക്ക് ഈശ്വരനെ സ്മരിക്കാൻ പാടില്ല എന്നല്ല അതിനെ പ്രമാണ സഹിതവനെ സമർത്ഥിക്കുകയാണ് ഇതാണ് വാജ്യേഹ അന്യകാരണത്വന വാജസനേഹത്തിൽ ബൃഹധാരണീകത്തിൽ പറയുന്നത് ഈ മോക്ഷത്തിന് എന്താണ് കാരണമായിരിക്കുന്നത് സന്യാസഹിതമായ ശ്രവണാദികളാണ് സന്യാസത്തോടു കൂടിയുള്ള ശ്രവണാദികളാണ് അല്ലാതെ ചിലർ ഭക്തിയും മുക്തിയും ഒരുമിച്ച് നടക്കുക അങ്ങനെ പറയുന്നവരുണ്ട് ഗാരണസ്യ ഭാര്യ പുത്രാദികളുണ്ടാവുക തിരിച്ചായാലും അതിന്റെ സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കുക അനുഭവിച്ച വിരക്തി വരിക എന്നിട്ട് പിന്നീട് ശ്രവണമലനങ്ങൾ ചെയ്യുക ഈ നടപടി ക്രമത്തിനോട് ഭാഷകാരന് യോജിപ്പില്ല അതിന് ആണിവിടെ പ്രമാണമായി പറയുന്നത് ജായാ മേസ്യ ഇനി പ്രസ്തുത്യ പുത്രേണായോകോ അഅന്യ കർമ്മ കർമ്മണ പിതോകോ വിദ്യലോകനോ ലോകത്രേത്വം ആചന ഭാഷകാരൻ ഗൃഹസ്ഥാശ്രമം വേണ്ടെന്നല്ല പറയുന്നേ ഗൃഹസ്ഥാശ്രമം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മകാണ്ഡം വേണ്ട എന്ന് വരും അപ്പൊ അതിനെ നിഷേധിക്കേണ്ടത് എന്തുകൊണ്ട് ജായ മെസ്സ്യ മുഴുവൻ ആഗ്രഹിക്കുന്നു എനിക്ക് പത്നി ആവശ്യമാണ് എന്തിനാ ദിന ധർമ്മത്തെ അനുഷ്ഠിക്കുന്നതിന് പത്നി സമേതനായി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം കാരണം വേദം അധ്യയനം ചെയ്തു പൂർവമീമാംസാ വിചാരം ചെയ്തു കർമ്മങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് മനസ്സിലായി അപ്പൊ പത്നിസമേതനായി അതനുഷ്ഠിക്കാൻ പറ്റും അതുകൊണ്ട് അവൻ ആഗ്രഹിക്കുന്നു പത്നിയുണ്ടാകണം പുത്രനുണ്ടാകണം എന്തുകൊണ്ട് പുത്രേന അയം നോക്ക് ഹത്യ്യൂ ഈ ലോകത്തിൽ പുത്രനിലൂടെ നേടേണ്ടത് പലതുകൊണ്ട് അവംശ പരമ്പരയെ നിലനിർത്തണം ഇതിനൊക്കെ ഗൃഹസ്ഥാശ്രമം ആവശ്യമാണ് ഇത് വേണ്ടെന്നല്ല പറയുന്നു അന്യന കർമ്മ മറ്റൊരു കർമ്മം കൊണ്ടും ഈ ലോകം നേടാ പത്നിയും പുത്രനുമെല്ലാം ആയാൽ ഈ ലോക ജീവിതം പൂർണ്ണമാകത്തുള്ളൂ അതുകൊണ്ടൊരുവൻ ഈ ലോക ജീവിതത്തെ പൂർണ്ണമാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവൻ ഗൃഹസ്ഥ ധർമ്മത്തെത്തിയിരിക്കും അപ്പോ ശങ്കരാചാര്യർ ഗൃഹസ്ഥ ധർമ്മത്തിനെതിരല്ല ആരാണോ ഈ ലോക ജീവിതം അതിശ്രദ്ധീകരണം പ്രത്യേകിച്ചു പൂർണമാക്കാൻ ജയ്യഹ ഇതിന് ജയിക്കണം എന്നാണ് ഇവിടെയെല്ലാം നേടണമെന്ന് ആഗ്രഹിക്കുന്നവൻ അവൻ പുത്രനാവശ്യമാണ് അവന് ഗൃഹസ്ഥാശ്രമം ആവശ്യമാണ് ഗൃഹസ്ഥാശ്രമം വേണ്ടെന്ന് പറയുന്ന ഇവിടെ മോക്ഷത്തിന് അതിന്റെ ആവശ്യമുണ്ടെന്നാണ് ഒരു മോക്ഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഭുക്തിയും മുക്തിയും രണ്ടും വേണ്ട അതിന്റെ ആവശ്യമുണ്ട് പിന്നെ ഈ ലോകത്തിന് വേണ്ടി അത് വേണം പരലോകത്തിനു വേണ്ടിയും വേണം ഗൃഹസ്ഥാശനം പരലോകം ആഗ്രഹിക്കുന്നുണ്ടോ കർമ്മണ പിതൃലോക കർമ്മത്തിലൂടെ പിതൃലോകത്തെ പ്രാപിക്കുന്നുവെങ്കിലും ഗൃഹസ്ഥാശനം വേണം കാരണം അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് വൈദികമായ കർമ്മങ്ങൾ വിദ്യയാ ദേവലോക വിദ്യ എന്ന് പറഞ്ഞാൽ ഉപാസനം ഉപാസനകളിലൂടെ ദൈവലോകം നമ്മൾ ഈശാവാസ്യത്തിനും അത് ചർച്ച ചെയ്തതാണ് കർമ്മസഹിതമായ ഉപാസന ഉപാസനാരഹിതമായ കർമ്മങ്ങൾ അതിന്റെ വേറെ വേറെ ഫലങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്തതാണ് ഇത്തരം കർമ്മങ്ങൾ ഉപാസനകൾ എല്ലാം അനുഷ്ഠിച്ച് ലോകവും പരലോകങ്ങളുമൊക്കെ നേടുന്നതിന് ഒരുവൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കണം അവൻ അദ്വൈതമെതിരല്ല അദ്വൈതം എതിരല്ല ശങ്കരാചാര്യനും എല്ലാവരും ഗൃഹസ്ഥാശ്രമത്തെ നിഷേധിക്കുന്നില്ല അപ്പൊ ഒരുവന്റെ അർഹതയും അവന്റെ യോഗ്യതയും അനുസരിച്ചാണ് ഇതെല്ലാം നമ്മൾ വേറെ തരത്തിൽ പറഞ്ഞപ്പോ അവന്റെ വാസന അവന്റെ സംസ്കാരം ഇതൊക്കെ അനുസരിച്ചിട്ടാണ് അത് പറയാൻ കാരണം അവർക്കറിയിക്കും എല്ലാവരും സന്യാസിമാരായിക്കഴിഞ്ഞ പിന്നെ എങ്ങനെയും ലോകം നടക്കും പിന്നെ സന്യാസി എങ്ങനെയുണ്ടാവും അപ്പൊ അതല്ല ഇവിടെ പറയുന്നു ശങ്കരാചാര്യം നമ്മൾ കരുതുന്നതുപോലെ അത്രയൊരു മണ്ടനൊന്നുമല്ല സ്വാമികളിവിടെ എന്താണ് പറയുന്നത് ആർക്കാണോ യു ലോകം വേണ്ടത് പരലോകം വേണ്ടത് അവർക്ക് വേണ്ടി ഗൃഹസ്ഥാശ്രമം അവനാകാം അവൻ ഗൃഹസ്ഥ ധർമ്മമനുഷ്ഠിക്കുന്നു അപ്പൊ കർമ്മകാണ്ഡം തന്നെ കർമ്മകാണ്ഡത്തിന് ശേഷമാണ് ഞാൻ കണ്ടത് കർമ്മകാന്ഡത്തെ നിഷേധിക്കുന്നില്ല കർമ്മകാണ്ഡത്തിനാരോണോ അധികാരികൾ അവർക്ക് വേണ്ടി കർമ്മകാണ്ഡം നിലനിന്നേ പറ്റും അതുകൊണ്ട് ഈ ലോകം ഈ സംസാരം നിലനിൽക്കുന്നു നിലനിൽക്കണം അതിനുവേണ്ടി തന്നെ ആവശ്യമാണ് ഗാരസ്യം മറ്റും ആവശ്യമാണ് അതുകൊണ്ട് അങ്ങനെ ഗൃഹസാശ്രമത്തെ എതിർക്കുകയറില്ല ഗൃഹസ്ഥാശ്രമത്തിന്റെ പ്രസക്തിയെക്കുറിച്ചുകൂടെ പറയണം അതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയണം അത് ആവശ്യമാണ് നിത്യ ആത്മനഹ അന്യസ്യ ലോകത്രേയസ്യ കാരണത്തും ഉത്തം ഈ ലോകം പരലോകങ്ങൾ ദേവലോകവും പിതൃലോകവും ഈ ലോകത്രേ ഇതിന്റെ സാധനമാണ് ഗാർഹസ്ത്യ അത് കർമ്മകാണ്ടത്തിൽ പറഞ്ഞു അത് ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കാം അത് അനുഷ്ഠിക്കാം അവിടെ ഭൗതികമോ ആധ്യാത്മികമോ എന്തുമാകാം ഭക്തിയോ മുക്തിയോ എന്തു വേണോ അവിടെയാകാം ഇക്കാര്യവും ശ്രുതി തന്നെ ചർച്ച ചെയ്യുന്നു മറിച്ച് ഇവിടെ ഒരു ആത്മനോ അന്യസ്യം ആത്മാവിൽ നിന്ന് അന്യമായത് ആഗ്രഹിക്കുന്നവനാണിതെല്ലാം സ്വസ്വരൂപത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്നതിന് ആഗ്രഹിക്കുന്നു അതെന്താണ് ഈ ലോകം പരലോകങ്ങൾ അതാഗ്രഹിക്കുന്നവന് ഗൃഹസ്ഥാശ്രമമാകാം അല്ല ഒരുവൻ സ്വസ്വരൂപത്തെ മാത്രം ആഗ്രഹിക്കുന്നു ആത്മാവിനെ മാത്രമേ അവന് ആവശ്യമുള്ളൂ എങ്കിൽ പിന്നെ ഇതെല്ലാം ഇതിനാണ് ആത്മാവിനെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ഇതുപേക്ഷിച്ച് മതിയാവും അതാണ് അവിടെ തന്നെ പറയുന്നത് തത്രേതു അതേ ഭാഗത്ത് തന്നെ ഗൃഹസ്ഥാശ്രമത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം വിധിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ സന്യാസം വിധേയമായിട്ടുണ്ട് അവിധേയമായിട്ടുണ്ട് ആ സന്യാസത്തെ വിധിക്കുന്നതിനുള്ള ഹേതുക്കൾ അവിടെ പറയും എന്താണ് കിം പ്രജയാ കരിഷ്യാമോ യേശാം നഹ അയം ആത്മാ അയം ലോക അപൂർവം ചിലർ ഇങ്ങനെ ചിന്തിക്കുന്നു പറഞ്ഞല്ലോ കസ്റ്റിദ്ധീര എന്താണ് ഈ പ്രജയെക്കൊണ്ട് എനിക്കെന്താ നേട്ടം എന്നെ സംബന്ധിച്ച് വേറെ ലോകമേ ഉള്ളൂ ഐ എം ആത്മാ എം ലോക ആത്മാവ് തന്നെയാണ് അല്ലെങ്കിൽ ഈശ്വരൻ തന്നെയാണ് പരബ്രഹ്മൻ തന്നെയാണ് എന്റെ ലോകം അല്ലാതെ ഈ ലോകത്തിലെനിക്ക് മറ്റൊന്നും നേടാനില്ല പിതൃലോകത്ത് നേടാനില്ല ദേവലോകത്തിലും നേടാനില്ല അങ്ങനെയാണെങ്കിലും ഞാൻ ഈ പ്രജയക്കൊണ്ട് പ്രജയൊന്നുമില്ല ഗാർഹസ്ഥ്യം പത്നി പുത്രൻ ധനം ഗോഹിരണ്യം ഇതെല്ലാം കൊണ്ട് എന്ത് നേടാൻ ഇതൊന്നും കൊണ്ട് എനിക്കൊന്നും നേടാനില്ല കാരണം എനിക്ക് മറ്റു ലോകങ്ങളില്ല ഇഹലോകവും പരലോകവും ഇല്ല അങ്ങനെ ചിന്തിക്കുന്നവന് വേണ്ടിയാണ് സന്യാസം വിരിച്ചിരിക്കുന്നത് നമ്മുടെ ഞാൻ ആത്മമനത്തെ ആഗ്രഹിക്കുന്നവന് സന്യാസം അവന് വേണ്ടി കർമ്മത്യാഗത്തെ വിരിച്ചിരിക്കുന്നു അപ്പം രണ്ടിനും പ്രസക്തിയുണ്ട് ഗാർഹത്യത്തിന് അതിൽ കാമനയുള്ളവനും അതിൽ കാമന ഇല്ലാത്തവന് ഇതിന്റെ ത്യാഗം അതിന് ത്യാഗത്തിലൂടെ സാധ്യമാകൂ ത്യാഗേനേകെ ഭുക്തിയും മുക്തിയും ഒരേ സമയം നടക്കുമെന്നിവിടെ അംഗീകരിക്കുന്നില്ല ഭാഷകാർ കാരണം ഭക്തിക്ക് കാര്യമായിരിക്കുന്ന എന്താണ് കാമന ആ കാമ ഉള്ളിടത്ത് ഭോഗമേ നടക്കും മോക്ഷം നടക്കത്തല്ല മോക്ഷത്തിന് ആ കാമത്യാഗം തന്നെ വേണം തന്നെ വേണം തേതു പ്രജാകർമ്മ തത്സം വിദാഭിമനുഷ്യ പിതൃദേവലോകത്രയസാധന അനത്മലോക പ്രതിപത്തികാരണ കിം കമോ കിം പ്രജയാ കലശാം ഈ പ്രജയെ കൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നു ഇതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം പത്നിയും വിത്തവും കൊണ്ട് ഞാനെന്ത് നേടാനാണെന്ന് അവൻ ചിന്തിക്കുന്നു അത് ഭക്ഷ്യകാലം വിശദീകരിക്കുകയാണ് പ്രജാ കർമ്മ തത് സംയുക്ത വിദ്യാഭീ പ്രജ എന്ന് വരുമ്പോൾ കാരണം കർമ്മം അവിടെ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ സംയുക്ത വിദ്യ അതിനോട് ചേർന്ന് വരുന്നു ഉപാസനകൾ ഇതെല്ലാം കൊണ്ട് ഇതെന്തിനുപകരിക്കുന്നു മനുഷ്യൻ പ്രജ മനുഷ്യ ലോകപ്രാപ്തിക്ക് കർമ്മം കർമ്മത്തിന് ഇത്തരലോകപ്രാപ്തിക്ക് അവസാനം പറഞ്ഞ വിദ്യ ദേവലോകപ്രാപ്തിക്ക് ഇതിനുള്ള ഉപകരിക്കുന്ന ഇവയെക്കൊണ്ട് ഇതെന്താണ് അനാത്മലോക പ്രതിപത്തി കാരണം ഈ ആത്മലോക പ്രാപ്തിക്ക് കാരണമല്ല സ്വസ്വരൂപ പ്രാപ്തിക്ക് തന്നും കാരണമല്ല അനാത്മലോകത്തിന് പ്രാപിക്കുന്നതിന് കാരണമാണ് ഇതുകൊണ്ട് കിം കരുഷ്യാമോ ഇതിന് ഇതുകൊണ്ട് ഞാനെന്ത് ചെയ്യാൻ എന്ന് ചിന്തിക്കുന്നു എന്നാണ് എന്നുവെച്ചാൽ അസ്മാകം ലോകത്രയം അനിത്യം സാധന സാധ്യം ഇഷ്ടം ഈ ലോകത്രയും അനിത്യമായിരിക്കുന്ന സാധനസാധ്യ രൂപത്തിലുള്ള ഇത് സാധനമായിരിക്കുന്നതാണ് ഗർഭസ്ഥ്യം സാധ്യമായിരിക്കുന്നതാണ് ഈ ലോകങ്ങൾ ജായാപുത്രാദികളാണ് ഇവിടെ ഉപായമായിരിക്കുന്നത് അതുകൊണ്ട് നേരിടേണ്ടത് ഈ ലോകങ്ങളാണ് ഇത് അനിത്യമാണ് യേഷാം അസ്മാകം അവിടെ പറഞ്ഞു കിം പ്രജയാ കരിഷ്യാമോ യേഷ അസ്മാകം ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്കെന്താ വേണ്ടത് അവിടെ വിവേകി ചിന്തിക്കുന്നു സ്വാഭാവികമോ അജോ അജരോ അമൃതോ അഭയോ അസ്വസ്വരൂപത്തെക്കുറിച്ച് പറയുന്നു ഇത് രണ്ടും മുഖ്യമായി ആശ്രയിച്ചിരിക്കുന്നത് വിവേകത്തെയാണെന്ന് പറയുന്നു വിവേകത്തെ ആശ്രയിച്ചാണ് ഒരുവൻ തീരുമാനിക്കുന്നത് അവന്റെ വിവേകത്തെ ആശ്രയിച്ചിട്ട് തന്നെന്ത് സ്വീകരിക്കണം ഈ ലോകങ്ങൾക്ക് വേണ്ടി ഗർഭത്യത്തെ സ്വീകരിക്കണമോ അതോ ആത്മലോകത്തിന് വേണ്ടിയിട്ട് ഇതിനുപേക്ഷിക്കണം ഇതിന് രണ്ടിനും മധ്യ ഒരു വഴിയില്ല പറയുമല്ലോ ഇതെല്ലാം കുറേശെ അനുഭവിച്ച് അവസാനം മോക്ഷ അങ്ങനെ ഒരു വഴി ഇവിടെ നിർദ്ദേശിക്കുന്നില്ല എന്തുകൊണ്ട് നിർദ്ദേശിക്കുന്നില്ല കാരണം ഇത് വിവേകത്തെ ആശ്രയിച്ചാണ് ഈ മാർഗത്തിൽ തിരഞ്ഞെടുക്കുന്നത് ഈ രോഗങ്ങളെല്ലാം നേടണമോ ഗാർഹസ്ഥത്തെ സ്വീകരിക്കുക ഇതൊന്നും വേണ്ട ആത്മം മാത്രം മതിയോ എങ്കിൽ സന്യസിക്കുക ഉപേക്ഷിക്കുക ഇതെന്നെ അനുഭവിച്ച് ഇതിന്റെ തൃപ്തി വന്നു ഇതിനുപേക്ഷിച്ചാലോ എന്ന് ചോദിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ വിവേകത്തിന്റെ ആവശ്യമില്ല അത് കല്ല് കൊണ്ടേ നന്നാവൂന്ന് പറയും പോലെയാണ് പിന്നെ വിവേകത്തിന്റെ ആവശ്യം കല്ല് പരമാവധി വാങ്ങും അവസാനം നന്നാകും അപ്പൊ വിവേകത്തിനവിടെ സ്ഥാനമില്ല വിഷം ഭക്ഷിച്ചിട്ട് ഇത് ജീവനഹനിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് വിഷ പാനത്തെ ഉപേക്ഷിക്കാൻ ആർക്ക് സാധ്യമുണ്ട് അതുവിനെങ്ങനെ സാധ്യമാവും വിവേകം കൊണ്ടേ സാധ്യമാവും വിഷം കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രാണനഹനിക്കുന്നതാണ് ജീവഹാനി വരുത്തുന്നതാണ് എന്നുള്ള വിവേകം കൊണ്ട് വിഷത്തെ ഉപേക്ഷിക്കാനേ പറ്റും അല്ല കഴിച്ചു നോക്കി മരിച്ചിട്ട് പിന്നെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ഇത്തരം ത്യാഗം വിവേകത്തിലൂടെ സാധ്യമാകും വിഷത്തിന്റെ ത്യാഗം വിവേകത്തിലൂടെ സാധ്യമാകും വിവേകത്തിലൂടെ അവൻ മനസ്സിലാക്കുന്ന എന്താണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ മരിക്കും അതുകൊണ്ട് കഴിക്കാതിരിക്കുക മറിച്ച് വിഷം കഴിച്ച് ി വന്നിട്ട് പിന്നെ വിശത്ത് ഉപേക്ഷിക്കാൻ ആള് കാണത്തില്ല അതാണ് ഇവിടെ സംഭവിക്കുന്നത് ത്യാഗം വിവേകത്തെ ആസ്വദിച്ചാണ് നടക്കുന്നതെങ്കിൽ ഗാർഹസ്യ ധർമ്മത്തെ സ്വീകരിച്ച് അതിൽ മതി വന്നിട്ട് പിന്നെ സന്യസിക്കാൻ പറ്റത്തില്ല അപ്പോ ചിലര് സന്യസിക്കുന്നതോ എന്ന് ചോദിക്കും ഗാർഹസ്യത്തെ സ്വീകരിച്ചിട്ട് അത് ഭാര്യയുടെയും മക്കളുടെയും ശല്യം കൊണ്ടാണ് ഒരു സംശയവും വേണ്ട കൂടുതൽ സഹിക്കാതെ വരുമ്പോൾ ഇറങ്ങി വിടും കാരണം വിവേകത്തെ ആണിവിടെ മുഖ്യമായി ആശ്രയിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് പകുതി തമാശയാണ് ർഹസ്ഥയത്തിൽ വിവേകം വന്നാലും തിരിച്ചറിവ് വന്നാലും അയാൾക്ക് ഉപേക്ഷിക്കാം പക്ഷെ അങ്ങനെ വിവേകം വരുന്നതിന് ഒരു പരിധിവരെ ഉപദ്രവങ്ങളും കാരണമായിരിക്കും അല്ലാന്ന് പറയാൻ പറ്റത്തില്ല എന്തായാലും വിവേകമാണ് മുഖ്യം ആ വിവേകം കൊണ്ട് അതിനുപേക്ഷിക്കുക ഇതൊരിക്കലും സുഖം നൽകാത്തതാണ് ഇതൊരിക്കലും പരമമായ തൃപ്തി നൽകാത്തതാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ട് ദാരിദ്ശ്യത്തിൽ വെച്ച് അതിനുപേക്ഷിക്കാം അല്ലെങ്കിൽ വിവേകിയാണെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ എന്താണോ ഇത് ഈ ലോകത്രേയത്തിന് സാധനമായിരിക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ആവശ്യമില്ല അതാ വിവേകത്തിനൂടെ പറഞ്ഞത് ലോകത്രയും അനിത്യം സാധനസാധ്യം ഇഷ്ടം യേശാമസ്മാകം എനിക്കിഷ്ടമായിരിക്കുന്ന അതല്ല എനിക്ക് വേഷം താല്പര്യമില്ല അത് കഴിച്ചും മരിച്ചിട്ട് തന്നെ ഉപേക്ഷിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല അത് നടക്കാത്ത കാര്യമാണ് അതുകൊണ്ടെന്താണ് സ്വാഭാവികം എനിക്ക് വേണ്ട ലോകം എന്താണ് സ്വസ്വരൂപമായിരിക്കുന്നത് മറ്റെല്ലാം കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ് അത് ബന്ധനം കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ് മോക്ഷം സഹജമായിരിക്കുന്നതാണ് സ്വാഭാവികമാണ് അന്യധർമ്മങ്ങളെല്ലാം തന്നാരോപിച്ച് ദൃഢപ്പെടുത്തുന്നതാണ് സ്വസ്വരൂപത്തെ ആരോപിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് പറയുന്നു അത് സ്വാഭാവികമാണ് അജനാണ് അജരനാണ് ജരാമരണങ്ങൾ ബാധിക്കാക്കുകയാണ് ആമൃത സ്വരൂപമാണ് മുക്തിസ്വരൂപമാണ് അഭയമാണ് അവിടെ ഭയത്തിനും ഉത്കണ്ഠയ്ക്കും ആകാംക്ഷയ്ക്കും ഒന്നും സാധ്യമല്ല നവർദ്ധതയെ കർമ്മ കർമ്മം കൊണ്ടവിടെ ഒന്നും നേടാനില്ല വേറെസ്യത്തെ അങ്ങനെയല്ല അവിടെ കർമ്മങ്ങളും ഉപാസനകളും എല്ലാം അതിന്റെ ഫലം കൊണ്ട് ഈ ലോകവും പരലോകവും എല്ലാം നേടണം നോ കനീയാൻ ചെയ്യാതിരുന്നാൽ ന്യൂനതകൾ സംഭവിക്കും പാപം വരും പ്രായശിത്വങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും കർമ്മത്തിൽ അങ്ങനെയുള്ള പല ദോഷങ്ങളുമുണ്ട് ഏറ്റക്കുറച്ചിലുകളുള്ളതാണ് സ്വസ്വരൂപം അങ്ങനെയുള്ള ഏകരസത്തിലുള്ളതാണ് നിത്യസ്ത നിത്യമായിരിക്കുന്നു എന്നും ഒരേ തരത്തിലിരിക്കുന്നു അങ്ങനെയുള്ള ലോക ഇഷ്ട എനിക്കാ ലോകമാണിഷ്ടം ഗാർഹസ്ഥ്യത്തിന്റെ ഫലമായി വരുന്ന ലോകങ്ങളല്ല ഈ ലോകമാണ് എന്ന് ചിലര് ചിന്തിക്കുന്നു എന്നാണ് അശ്രീതെന്ന് പറയും എന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുന്നു അവരത് ഉപേക്ഷിക്കുന്നു സന്യസിക്കുന്നു ഇവിടെ അങ്ങനെ സന്യസിക്കുമ്പോൾ അവന് ഇതിനെക്കുറിച്ചുള്ള പരോക്ഷമായ അറിവേ ഉണ്ടായിരുന്നു അവന്റെ പൂർവ്വ പുണ്യം കൊണ്ടോ മറ്റോ അവന് പരോക്ഷമായൊരു അറിവുണ്ടാകുന്ന എന്താണ് ഈ ലോകങ്ങളൊന്നും അല്ല സത്യം സത്യമായിരിക്കുന്നത് ഈ പറയുന്ന അജവും അജരവും അമൃതവും അഭയവുമായിരിക്കുന്ന സസ്വരൂപമാണ് അതവനിഷ്ടപ്പെടുന്നു അതിനുവേണ്ടി അവൻ മറ്റുള്ള സർവത്തെയും ത്യജിക്കുന്നു അങ്ങനെ ത്യജിക്കുന്നതിനുള്ള ബലം ശക്തി ഉള്ളവനാണെങ്കിൽ ഇല്ലാത്തവനാണെങ്കിൽ അവന് അവന്റെ വാസനക്കും താല്പര്യമനുസരിച്ച് പോകേണ്ടി വരും അതിന് യോഗ്യനായവനെ കുറിച്ച് പറയുകയാണ് അതോടുകൂടി അവസാനിക്കുന്നില്ല അവിടെ അതിനുവേണ്ടിയാണ് സന്യാസത്തെ വീട്ടിച്ചിരിക്കുന്നത് അവിടെയാണ് നമ്മൾ സ്വീകരിക്കുന്ന സന്യാസം ഗാർഭസ്ഥ്യത്തിന്റെ ത്യാഗം അവിടെയാണ് സന്യാസത്തെക്കുറിച്ച് പലപ്പോഴും ഞാൻ പറയുമ്പോൾ പലർക്കും തോന്നിയിട്ടുണ്ട് സന്യാസത്തെ ഞാൻ നിന്ദിക്കണം നിന്ദിക്കേണ്ടി വരുന്നത് സന്യാസം എന്താണെന്ന് മനസ്സിലാക്കാത്ത സന്യാസത്തെയാണ് അങ്ങനെയാണ് നിന്ദിക്കേണ്ടി വരുന്നത് അത് നിന്ദനീയമാണ് സന്യാസം വേഷഭൂഷാദികൾ കൊണ്ടുള്ള കേവലം ഒരു അഭിമാനം മാത്രമല്ല അതൊരു പരമമായ തത്വമാണ് അതിന് പല തരങ്ങളുണ്ട് സ്വീകരിക്കേണ്ടതായ സന്യാസമുണ്ട് ഗുരുവിൽ നിന്നും സ്വീകരിക്കേണ്ടതായ സന്യാസമുണ്ട് അതീ ബോധത്തോടുകൂടിയായി അങ്ങനെയായി ആശ്രമങ്ങളിൽ സന്യാസി സ്വീകരിക്കുന്നത് പലപ്പോഴും അങ്ങനെ ആയിരിക്കത്തില്ല സന്യാസിയായ നല്ല ഭക്ഷണം കിട്ടും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും സ്ഥാനമാനങ്ങളുണ്ടാവും വേണമെങ്കിൽ മൈക്ക് ഓഫ് ചെയ്തോളെ പരസ്യവും ഇതൊക്കെ കാര്യമാണ് ഇവിടെ പറയുന്ന സന്യാസത്തിന് എന്താ കാരണം വിവേകമാണ് വിവേകം കൊണ്ടുള്ള സന്യാസം അത് നിന്ദനീയമല്ല അത് സ്വീകരിക്കേണ്ടതാണ് ഗുരുവൻ ഗുരുവിൽ നിന്ന് സ്വീകരിക്കേണ്ട സന്യാസമാണ് അത് പൂർണമായും ത്യാഗത്തിന്റെ ആണ് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടുള്ള സന്യാസമാണ് സാനവും മാനവും നേടാൻ വേണ്ടിയിട്ടുള്ള സന്യാസം ആശ്രമജീവികളിൽ പലരുടെയും കണ്ണ് അങ്ങനെയുള്ള സന്യാസത്തിലാണ് ഈ ആശ്രമങ്ങളിൽ കഴിഞ്ഞുള്ള പരിചയം കൊണ്ട് പറയുകയാണ് അല്ല ഈ ആശ്രമത്തെക്കുറിച്ച് പറയുകയാണെന്ന് ആരും തിരിച്ചു ഇത് വിട്ടിട്ട് ബാക്കി ആശ്രമങ്ങളെടുത്തോളൂ ഞാൻ അങ്ങോട്ടിറങ്ങുമ്പോൾ തന്നെ ആരും തെല്ലാം വരരുത് അങ്ങനെ വരുന്നതിനാണ് നിന്ദിക്കുന്നത് അങ്ങനെയുള്ള സന്യാസത്തെ നിന്ദിച്ചേ മതിയാവും ഇതങ്ങനെയല്ല ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്ന അതാണ് അവിടെ പറയുന്നത് ഇവിടെ അടുത്ത് പറയുന്നതാണ് ഏഷണ ത്യാഗം രാഗങ്ങളെയാണ് ത്യജിക്കുന്നത് ആ രാഗങ്ങളെ ത്യജിക്കുന്നതിനുള്ള ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക് ഗാർഹസ്യത്തെ ത്യജിക്കുന്നു എന്നേ ഉള്ളൂ ആ രാഗം വർദ്ധിക്കാതിരിക്കുക രാഗമില്ലാത്തതുകൊണ്ടല്ലോ ത്യജിക്കുന്നു രാഗമുണ്ടവല്ലേ ഉള്ളു അവനറിയാം പക്ഷെ അതിനെ പോഷിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവൻ അതിനെ ത്യജിക്കുന്നു ആ സന്യാസത്തിൽ നിഷ്ഠയുള്ളവനാകാൻ ശ്രമിക്കുന്നു എല്ലാ തരത്തിലുള്ള അഭിമാനങ്ങളെയും അവിടെ ത്യജിക്കാൻ ശ്രമിക്കുന്നു എല്ലാ തരത്തിലുള്ള മോഹങ്ങളെയും അവിടെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു ആ ത്യാഗത്തിൽ നിന്നുകൊണ്ട് അവൻ ചിലവണ മനനങ്ങൾ അനുഷ്ഠിക്കുന്നു അതിലൂടെ സ്വാഭാവികമായ സന്യാസത്തിൽ എത്തിച്ചേരുന്നു അത് പിന്നെ സ്വീകരിക്കാൻ പറ്റത്തില്ല അത് ഗുരു തരുന്നതല്ല ആരിൽ നിന്നും വാങ്ങുന്നതുവല്ല അവിധേയമായ സന്യാസം അല്ലെങ്കിൽ വിദ്യുത് സന്യാസം അതിലെത്തിച്ചേരുന്നു അത് സാധനയുടെ ഫലമായി വരുന്നതാണ് അപ്പോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സന്യാസം അപ്പോൾ വിവിധ സന്യാസ സ്വീകരിക്കുന്നത് വിദ്യുത് സന്യാസം എന്നുള്ള ഒരു ലക്ഷ്യത്തെ വെച്ചുകൊണ്ടാണ് മറ്റെന്തെങ്കിലും ലക്ഷ്യത്തെ വെച്ചുകൊണ്ടുണ്ടോ അതാണ് അടുത്ത് വിശദീകരിക്കുന്നത് സജ നിത്യത്വ അവിദ്യ നിവൃത്തി വ്യതിരേഖ അന്യസാധന നിഷ്പാദ്യ ആ സന്യാസം പരമായ സന്യാസം അത് നിത്യമാണോ നമ്മൾ സ്വീകരിച്ച സന്യാസമല്ല സ്വീകരിച്ച സന്യാസത്തിൽ ഭ്രഷ്ട് സംഭവിക്കാം ആ സന്യാസത്തിൽ വഴിപഴച്ചു പോകാം അതൊക്കെ സ്വാഭാവികമായും വന്നു ചേരാം എന്തുകൊണ്ട് പൂർവ്വവാസനങ്ങളും മറ്റും അവന് ശക്തമായി പിടിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ഭ്രഷ്ട സംഭവിച്ചെന്നിരിക്കും ബിരിചലനം സംഭവിച്ചെന്നുപോല അത് നിത്യമല്ല പക്ഷെ നിത്യമായ സന്യാസത്തിന് വേണ്ടിയാണ് അത് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി ഒരുവൻ പരിശ്രമിക്കുന്നു വിദ്വസന്യാസത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു അങ്ങനെ അവൻ എത്തിച്ചേരുന്നതോ സറ്റ നിത്യത്വ അത് നിത്യമായിരിക്കും അത് അവിദ്യാനിവൃത്തി വെതിരേ വീണ അന്യസാധന നിഷ്പാദ്യ അവിദ്യാനിവൃത്തിയിലൂടെ അല്ലാതെ മറ്റൊരു സാധനങ്ങളിലൂടെയും ആ വിദ്യുസന്യാസത്തെ പ്രാപിക്കാൻ സാധ്യമല്ല അവിദ്യാനിവൃത്തി തന്നെ സംഭവിക്കുന്നു അപ്പോ വിവിധ സന്യാസം എന്ന് പറയുന്നത് ഒരു ഉപായം മാത്രം അത് അവിദ്യാനി വൃത്തിയിലൂടെ സംഭവിക്കുന്നതല്ല മറിച്ച് അവിദ്യാനി വൃത്തിക്ക് വേണ്ടി സ്വീകരിക്കുന്ന വിദ്യുസന്യാസം അങ്ങനെയല്ല അത് അവിദ്യാനി വൃത്തിയിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ ആചാര്യസ്വാമികളുടെ മതം ഇതാണ് അവിദ്യാനി വൃത്തി സംഭവിക്കണമോ എങ്കിൽ നിങ്ങൾ ആദ്യം വിവിധ സന്യാസം സ്വീകരിക്കും ഗാർഹസ്ഥ ഉപേക്ഷിക്കും ഉപേക്ഷിച്ച് വണാദി സാധനങ്ങൾ ചെയ്തു അവിടെ അവദ്യാനിവൃത്തി സംഭവിക്കുന്നില്ല അതിന്റെ പരുപക്വമായ അവസ്ഥയിൽ അവിദ്യാനിവൃത്തി സംഭവിക്കുന്നു സന്യാസം സഹജമായി തീരുന്നു എന്താ അതിന്റെ സാധന അവിദ്യ നിവൃത്തി തന്നെ അവിടെ സാധന എന്ന് പറയുന്നു മറ്റൊരു സാധനം അവിടെ ഇല്ല ഇവിടെ അങ്ങനെയല്ല വിവിദുഷ സന്യാസത്തിൽ പല സാധനങ്ങളുണ്ട് അതാണ് കർമ്മയോഗവും മറ്റും ജപവും ധ്യാനവും സ്തുതിയും പ്രാർത്ഥനയും സേവയും ഈ മറ്റനേക സാധനങ്ങളുണ്ട് വ്യുദഷ സന്യാസത്തിൽ അവിടെയാണ് ഇതെല്ലാം ആവശ്യമായിട്ട് വരുന്നത് അനേക സാധനയിലൂടെയാണ് അത് കടന്നുപോകുന്നത് ഒന്നിലൂടെയല്ല പക്ഷേ അവിദ്സന്യാസം അന്യസാധന നിഷ്പാദ്യമല്ല ആവിദ്യാനിവൃത്തിയിൽ സംഭവിക്കുന്ന തസ്മാത്മ ബ്രഹ്മവിജ്ഞാനപൂർവ്വക സർവേശ്വണ സന്യാസിവ കർത്തവ്യാണ് അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും കൂടി കൂട്ടിമുട്ടിക്കാൻ പോകരുത് എന്താണ് വേദാന്ത ശ്രവണവും ഗൃഹസ്ഥ ധർമ്മവും രണ്ടും കൂടി കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കണ്ട അതിന് ഹേതൊന്നും പറഞ്ഞെന്തുകൊണ്ട് ആ ധർമ്മം എന്ന് പറയുന്നത് ശ്രുതിന് സ്മൃതിന് വിധിച്ചിട്ടുള്ളതാണ് ഗൃഹസ്ഥ ധർമ്മം എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ ധരിച്ചു കളയരുത് വിവാഹം കഴിക്കുക ഭാര്യയും മക്കളുമായിട്ട് ജീവിക്കുക അതിനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു അതിന് ശാസ്ത്രവും ശ്രുതി സ്മൃതിയൊന്നും വേണ്ട അത് പക്ഷിമൃഗാദികളും എല്ലാം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ശാസ്ത്രീയമായ ഗാർഹസ് ധർമ്മം ശ്രുതികൾ നിർദ്ദേശിച്ചിരിക്കുന്ന പൂർവകാണ്ഡത്തിനും നിർദ്ദേശിച്ചിരിക്കുന്ന ആ ധർമ്മം ആ ധർമ്മവും ഈ ജ്ഞാനവും കൂടിച്ചേരത്തില്ല എന്തുകൊണ്ട് അവിടെ അത് വിഹിതമാണ് വിധിച്ചതാണ് വിധിക്കുമ്പോൾ ആ ധർമ്മത്തിന് ഫലം പറഞ്ഞിട്ടുണ്ട് ആ ധർമ്മത്തിന് ആ ഫലം സംഭവിച്ചേ മതിയാകും അധർമ്മത്തിന്റെ ഫലമാണ് ഇഹലോകം പരലോകങ്ങൾ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഇത് ഭക്ഷ്യകാരം പറയുന്നത് വൈദികമായ ധർമ്മത്തിൽ സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തോടാണ് ഇന്നത്തെ സമൂഹത്തോടല്ല ആ വൈദികധർമ്മത്തെ സ്വീകരിക്കുമ്പോൾ ആ ധർമ്മ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ അതിന്റെ ഹേതു ഫലം ഇതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നു അപ്പൊ ഗാർഹസ്യത്തിന്റെ ഹേതു എന്താണ് അതിന്റെ ഫലം എന്താണെന്ന് ചിന്തിക്കുന്നു ആ ഗാർഹസ്യം സ്വീകരിക്കുകയും അതിന്റെ ഫലം ഒഴിവാക്കുകയും അത് രണ്ടും കൂടെ സാധ്യമല്ല കാരണം അത് വിധേയമാണ് ജ്യോതിഷവുമായി യാഗം ചെയ്യുക സ്വർഗം വേണ്ടെന്ന് വയ്ക്കാതെ സാധ്യമല്ല യാഗം ചെയ്ത് പൂർത്തിയായാൽ സ്വർഗ്ഗം ഫലം സംഭവിച്ചിരിക്കും ധർമ്മത്തിന് ഫലം ആവശ്യമുണ്ടായേ തീരും എന്തുകൊണ്ടത് കാമനയോടുകൂടിയാണ് ചെയ്തത് കാമനയോടുകൂടി ചെയ്ത് അത് പൂർത്തിയാക്കി അതിന്റെ ഫലം സംഭവിക്കുന്നു അതുപോലെ വൈദികമായ ധർമ്മം എന്തെന്ന് മനസ്സിലാക്കി ഗർഭസ്യം എന്തെന്ന് മനസ്സിലാക്കി അത് വിധേയമാണ് വിധി പദ്ധതി സ്വീകരിക്കുകയാണ് അപ്പം അതിന്റെ ഫലത്തെ സ്വീകരിച്ചേ പറ്റും ഇവ പല ലോകങ്ങളെ സ്വീകരിച്ചേ പറ്റും അതുപോലെ വിധേയമാണ് സന്യാസി അതിന്റെ ഫലവും പറയുന്നു അത് ആത്മലോകമാണ് അതിന്റെ ഫലം അപ്പോ അതിന് ഉപേക്ഷിച്ചേ മതിയാവും കാര്യസ്ഥ ഉപേക്ഷിച്ച് ആത്മലോകമാകുന്ന ഫലത്തിനുവേണ്ടി ആ സന്യാസം സ്വീകരിക്കുന്നു അവിടെ സാധന സമ്പന്നനായി മുന്നോട്ട് പോകുന്നു അവൻ വിദ്വസന്യാസത്തിൽ എത്തിച്ചേരുന്നു അതിനുവേണ്ടി സന്യാസം ആണ് കർത്തവ്യം എന്നാണ് സന്യാസം കർത്തവ്യം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലും എടുക്കണം വിധ സന്യാസം എന്നുള്ള രീതിയിലും വിദ്വസന്യാസം എന്നുള്ള രീതിയിലും സർവേഷണ സന്യാസിയേവ കർത്തവ്യ സർവേഷണ സന്യാസം കർത്തവ്യമാണെന്നുള്ളത് ചെയ്യേണ്ടതാണെന്നാണ് ഒരു കാര്യം ചെയ്യണം എന്ന് നിർബന്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വിധേയമാണ് വിധിച്ചതാണ് വിധിച്ചതെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യുന്നത് വിധിച്ചതായിരിക്കും വൈദികമായി ചിന്തിക്കുന്നു നമ്മൾ സന്യാസത്തെ വിധിച്ചിരിക്കുകയാണ് സർവേഷണ സന്യാസം സർവകാമസന്യാസം വേഷണ എന്ന് വെച്ചാൽ കാമ സർവകാര്മ സന്യാസം വിധിക്കാന്ന് തുടങ്ങിയ എന്താണ് കാമങ്ങൾ കൊണ്ട് ആഗ്രഹിക്കുന്ന ലോകങ്ങൾ വേണ്ടെന്ന് നോക്കിയ അപ്പൊ അവിടെ ഏഷ്യന സന്യാസം തുടങ്ങാ ഗാർഹസ്ഥയത്തിന്റെ സന്യാസമാണ് അല്ലാതെ നമ്മൾ സാറിന് പറയുന്ന പോലെ ആഗ്രഹങ്ങളൊന്നും വേണ്ട ആഗ്രഹങ്ങളൊന്നും ഇല്ല അതൊന്നുമല്ല കാരണം ഒഴുക്കം വട്ടിപ്പറയുന്ന കാര്യങ്ങളല്ല ഇത് ഗൗരവമുള്ള കാര്യമാണ് വൈദികമായ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച തിനുപേക്ഷിക്കും സർവേഷന സന്യാസം അവിടെ ചോദിക്കും അതെങ്ങനെ സർവേഷനകളെയും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ അങ്ങനെ ഏഷനകളെ കാമങ്ങളെ ഉപേക്ഷിച്ചാലും വീണ്ടും കാമത്തിന് അടിമപ്പെടുന്നില്ലേ അപ്പോൾ അത് എന്ന് ചോദിച്ചു അതിനു വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ കാമനകളെ ഉപേക്ഷിച്ചവൻ സന്യാസമാർഗത്തിലേക്ക് വരുന്നു അതിനവൻ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് കാമനാത്യാഗം പൂർണ്ണമായി എന്നർത്ഥമില്ല അപൂർണമാകുന്നത് വിദ്യു സന്യാസത്തിലാണ് അത് ഈ പറയുന്ന ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അജ്ഞാനം നശിക്കുമ്പോഴാണ് അതുവരെ അത് പൂർണ്ണമല്ല ഒരുവൻ സന്യാസം സ്വീകരിക്കുന്നു സന്യാസത്തിൽ നിന്ന് മുൻ പതിക്കുന്നു സന്യാസം പൂർണമാണോ എന്ന് ചോദിച്ചു സന്യാസ പൂർണ്ണമാണ് വിദ്വസന്യാസത്തിൽ പൂർണ്ണമാണ് അതുവരെ അത് പൂർണ്ണമല്ല അതുകൊണ്ടാണ് ആർക്കും സന്യാസാഭിമാനം വേണ്ട എന്ന് പറയുന്നത് വിദ്വസന്യാസത്തിലെ അത് പൂർണ്ണമാകുന്നു അതുവരെ അത് പതിക്കുന്നതാണല്ലെങ്കിൽ പതന സാധ്യതയുള്ളതാണോ അതറിയുന്നവനാണ് സന്യാസി അറിഞ്ഞുകൊണ്ടാണ് അവൻ തോന്നുന്നു പക്ഷെ അവിടെയും എന്ത് ചെയ്യുന്നു സർവേഷണ സന്യാസിയെ അവൻ എന്തിനുവേണ്ടി സ്വീകരിക്കുന്നു അതിനെ നിലനിർത്താൻ വേണ്ടി നിലനിർത്തുന്നതിൻ്റെ ആഗ്രഹം കൊണ്ട് അവൻ സ്വീകരിക്കുന്നു അത് മുന്നോട്ട് പോകുന്നതിനു വേണ്ടി അവൻ സ്വീകരിക്കുന്നു അപ്പൊ അതിനെ സംഭവിച്ചേക്കാം അതവന്റെ പ്രാരബ്ധ കർമ്മമോ ദുർവാസനകളോ ഒക്കെ കൊണ്ടങ്ങനെ സംഭവിക്കാം അങ്ങനെ സംഭവിച്ചാലും എന്താണ് അവന്റെ ലക്ഷ്യം വിദ്വത്സന്യാസമാണ് അതിനുവേണ്ടി അവൻ പരിശ്രമിക്കും അതുകൊണ്ടാണ് യതി എന്ന് പറഞ്ഞാൽ പ്രയത്നിക്കുന്നവൻ എന്നാ അവൻ സിദ്ധനാണെങ്കിൽ പിന്നെ പ്രയത്നത്തിന്റെ ആവശ്യമില്ല വിഘ്നങ്ങളുള്ളിടത്താണ് പ്രയത്നോ ആവശ്യമുള്ളത് വിഘ്നങ്ങളെ കണ്ടുകൊണ്ടവൻ പ്രയത്നിക്കുന്നു പതനങ്ങൾ സംഭവിച്ചാലും അവൻ പ്രയത്നിക്കുന്നു പ്രയത്നിച്ചവൻ ലക്ഷ്യത്തിനെത്തിച്ചേർന്നു അപ്പവിടെ സന്യാസം കർത്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അതിനെ സ്വീകരിക്കുക ഒരു സാധനാരൂപത്തിനതിനെ സ്വീകരിക്കുക ത്യാഗം പിന്നെ രണ്ടാമത് കർത്തവ്യം എന്ന് പറഞ്ഞാലോ അത് സഹജമായി തീരുക യജ്ഞരഹിതമായി അത് സ്വയംസിദ്ധമായിത്തീരുക രണ്ടിനിവിടെ ഭാഷയാരൻ സൂചിപ്പിക്കുന്നു രണ്ടിനും എന്താണ് വേണ്ടത് പ്രത്യേകാത്മ ബ്രഹ്മവിജ്ഞാനപൂർവകഥ പ്രത്യേകാത്മ സ്വസ്വരൂപ വിജ്ഞാനം ആ സന്യാസത്തെ ഒരു സാധനയായി സ്വീകരിക്കുന്നതിന് സ്വസ്വരൂപ വിജ്ഞാനം ആവശ്യമാണ് ആ സ്വസ്വരൂപ വിജ്ഞാനത്തിന്റെ അപരോക്ഷമായ അനുഭവത്തിലാണ് സന്യാസം ഒരു സിദ്ധിയായി മാറുന്നത് സജ നിത്യത്വ അവിദ്യാനിവൃത്തിക്കെതിരെയുള്ള അന്യസാധന ദ്യാനിവൃത്തി അല്ലാതെ മറ്റൊരു സാധനം കൊണ്ടും അത് സാധിക്കാൻ സാധ്യമല്ല അതിന്റെ പൂർണ്ണം അതുകൊണ്ട് സർവേഷണ സന്യാസൈവ കർത്തവ്യ നിങ്ങളിതിനൊരിക്കലും ഗൃഹസ്ഥ ധർമ്മവുമായി കൂട്ടിച്ചേർക്കരുത് സർവേഷണകളുടെ സന്യാസം തന്നെ വേണം എന്നിവിടെ നിർബന്ധിക്കുകയാണ് എന്ന് പറഞ്ഞ് ജ്ഞാന കർമ്മസമുച്ചയത്തെ അത് ഇവിടെ ഭാഷകാരം നിഷേധിക്കുകയാണ് കർമ്മസഹഭാവിത്വ വിരോധ പ്രത്യേക ആത്മവിജ്ഞാന ആത്മവിജ്ഞാനവും ഈ കർമ്മവും എങ്ങനെ ഒരുമിച്ച് പോകും എന്തുകൊണ്ട് കർമ്മസഹഭാവിത്വ വിരോധ നമ്മൾ ഈശാവാസ്യത്തിലും ചർച്ച ചെയ്തോളാം ഇതൊരിക്കലും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഞാൻ കർമ്മസമുച്ചയ സാധ്യമുണ്ട് ഗാർഹസ്യ സ്വീകരിക്കുന്നത് കർമ്മങ്ങൾ അനുഷ്ഠിക്കാനാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനുഷ്ഠിക്കണമെങ്കിലോ ആദ്യം അവന് വിചാരം വേണം ഞാൻ കർമ്മം ചെയ്യുന്നവനാണ് ഞാൻ ഈ കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നവനാണ് എന്നുള്ള വിചാരം അവന് വേണം ചിന്ത വേണം അപ്പൊ തന്നെ അവൻ കർത്താവായും തന്നെ തന്നെ ഭോക്താവായും കൽപ്പിക്കണം എന്നാലെ കർമ്മം അനുഷ്ഠിക്കാൻ സാധ്യമാകും വൈദികമായ കർമ്മങ്ങൾ സന്യാസത്തിനാണെങ്കിലോ തന്നെ അകർത്താവായും അഭോക്താവായും അവൻ ധ്യാനിക്കുന്നു ഇത് രണ്ടു ഒരുമിച്ച് എങ്ങനെ സംഭവിക്കും വിരോധ പരസ്പര വിരുദ്ധമായ കാര്യമാണ് തന്നെ അകർത്താവായും അഭോക്താവായും ധ്യാനിക്കുക എന്നിട്ട് താൻ കർത്താവാണ് എനിക്ക് ഇന്ന ഫലം വേണം എന്ന് പറഞ്ഞ് കർമ്മം ചെയ്യുക ഇത് സാധ്യമല്ല അപ്പോൾ അത്തരം കർമ്മങ്ങൾ ഒഴിവാക്കേ പറ്റും ഒഴിവാക്കിയേ പറ്റും സ്രവതസ്മാർത്ത കർമ്മങ്ങളവിടെ ഒഴിവാക്കും കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയെ നിലനിർത്തുന്ന കർമ്മങ്ങൾ ഉപേക്ഷിക്കും അതിനെ നിലനിർത്തുന്ന മുഖ്യമായ കർമ്മമാണ് ഗർഹസ്ഥി അതിനുപേക്ഷിച്ച് മതിയാകുമെന്നാണ് പ്രത്യേകാത്മവിജ്ഞാനത്തിൽ അതിന് സ്ഥാനമില്ല അത് വിശദീകരിക്കുന്നു ഹ്യൂപാത്ത സഹഭാവിത്വം ഉപപദൃത ഒരു തരത്തിലും ഞാൻ കർമ്മത്തെ സമുച്ചയക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഗാർഹസ്ത്യത്തെയും സന്യാസത്തെയും കൂട്ടിച്ചേർത്ത നിൽക്കത്തില്ല ഉപാത്ത കാരകഫലഭേദ വിജ്ഞാനീന കർമ്മ കർമ്മം ചെയ്യണമെങ്കിൽ എന്താണ് കാരകങ്ങളെ കുറിച്ചുള്ള ബോധം വേണം എന്നൊക്കെ ഞാൻ ഭർത്താവാണ് ഇന്ന ഇന്ന് ഉപായങ്ങൾ വേണം ആ കാരകങ്ങളിൽ പത്നി ഉൾപ്പെടെ ധർമ്മവും പെടുന്നു പിന്നെ ഈ കർമ്മത്തിന് ഫലം ഇന്നതാണ് ഈ ലോകമാണ് അല്ലെങ്കിൽ പരലോകമാണ് ഇത്തരത്തിലുള്ള ഭേദവിജ്ഞാനത്തോടുകൂടിയാണ് അവൻ ആ ധർമ്മത്തെ സ്വീകരിക്കുന്നത് ആ ധർമ്മത്തിലിരുന്നുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കർമ്മം അതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് മറിച്ച് സന്യാസമാണെങ്കിലോ പ്രത്യസ്തമിത സർവഭേദ ദർശന ചെയ്യാം അവിടെ സർവഭേദ ദർശനവും അസ്തമിച്ചിരിക്കും അവന് താൻ തന്നെ കർത്താവായിട്ടും തനിക്ക് ഇന്ന കർമ്മത്തിന്റെ ഫലം അനുഭവിക്കണമെന്നും കരുതുന്നില്ല പ്രത്യേകാത്മ ബ്രഹ്മവിഷയച്ച അവനെ സംബന്ധിച്ച് മറ്റ് ലോകങ്ങളൊന്നും വിഷയമില്ല സ്വസ്വരൂപം മാത്രമേ അവന് വിഷയമായിട്ടുള്ളൂ ഇത് സഹഭാവിത്വം ഇത് രണ്ടിനും ചേർച്ച സംഭവിക്കത്തില്ല സന്യാസവും ഗർഭസ്ഥ്യവും ചേരത്തില്ല രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധ്യമല്ല കാമന ഉള്ളവന് ഗർഹസ്ഥ്യം കാമനയില്ലാത്തവന് സന്യാസം ഇതാണ് രണ്ടു വഴി സ്വാഭാവിത്വ സ്വാഭാവികത്വനുബോധി അപ്പോ പലരുടെയും മനസ്സിൽ വരും ഗാർഹസ്യത്തിനും പറയുന്നുണ്ടല്ലോ ഗർഭസ്ഥ നിയമങ്ങളൊക്കെ അനുസരിച്ച് സന്യാസം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ അത് പറയുന്നുണ്ട് അത് എന്താണോ ഗൃഹസ്ഥ ധർമ്മത്തിൽ ശീലിക്കേണ്ട ചില സാധനങ്ങൾ എന്നുള്ളതായിരിക്കും നിസ്സംഗത നിർലേപത എന്നുള്ള നിലയ്ക്ക് പറയുന്ന സന്യാസം മുഖ്യസന്യാസാണ് മുഖ്യമായ സന്യാസം അവിടെ സാധ്യമല്ല പൂർണ്ണമായ ആന്തരികത്യാഗം സംഭവിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ ഗൃഹസ്ഥ ധർമ്മം അനുഷ്ഠിക്കാൻ സാധ്യമല്ല അവര് എന്തുകൊണ്ട് ആ ധർമാനുഷ്ഠാനത്തിന് പ്രേരിപ്പിക്കുന്നത് കാമനയാണ് കാമന നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവൻ ആ ധർമ്മത്തെ അനുഷ്ഠിക്കും അപ്പൊ കാമനാനാശത്തിനു വേണ്ടി ഗ്രഹസ്ഥനും നിസ്സംഗതയും മറ്റും സ്വീകരിക്കുന്നു അത് സന്യാസത്തിന് സമാനമായതുകൊണ്ട് അതിനെ സന്യാസമെന്ന് പറയുന്നു അത് ഗൌണ സന്യാസമാണ് മുഖ്യസന്യാസം അല്ല എന്നത് എന്നാൽ ഏതെങ്കിലും ഒന്നുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അധികാരി ഭേദമനുസരിച്ച് ഒരാൾക്ക് പൂർണമായും കാമനങ്ങളെ തിജിക്കാൻ കഴിയുന്നില്ല അയാൾക്ക് ഇഹപര ലോകങ്ങളിലുള്ള കാമനങ്ങളുണ്ടെങ്കിൽ അയാൾ ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ച് നിസ്സംഗതിയും മറ്റേ ശീലിച്ച് കാമത്യാഗത്തെ ശീലിക്കും കാമാനുഭവത്തിലൂടെ തന്നെ കാമത്യാഗത്തെ ശീലിക്കാൻ ശ്രമിക്കുന്നു എന്നേയുള്ളു അയാൾ നിഷ്കാമമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ശീലിക്കുന്നു ക്രമമായി അയാൾ സംഭവിക്കുന്നു അതും എന്താണ് ഭുക്തിയും മുക്തിയും ഒരുമിച്ച് സംഭവിക്കുന്നു അൻഭുക്തിയിൽ നിന്ന് വിരക്തനായിത്തീരുന്നു വിരക്തനായി അയാൾ സന്യാസത്തിലേക്ക് വരുന്നു അയാളിൽ പൂർണ്ണ കാമത്യാഗ സംഭവിക്കുന്നു ആ ധർമ്മത്തെ അയാൾ ഉപേക്ഷിക്കുന്നു ധർമ്മത്തിന്റെ ആവശ്യം എന്താണ് അയാൾ പൂർണ്ണ സന്യാസിയായി മാറുന്നു അങ്ങനെ സംഭവിക്കാം മറിച്ച് ഇതെല്ലാം കൂടി ഒരുമിച്ച് പോകത്തില്ല അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞെന്താണിത് അതിന് പരസ്പരമുള്ള വിരോധം ആർക്കും ചലിപ്പിക്കാൻ കഴിയാത്തതാണ് പർവ്വതവത് അകമ്പ്യഹ ഈശാസ് പറഞ്ഞു അത് ദൃഢമാണ് രണ്ടും രണ്ടു തന്നെയാണ് എന്താണ് ഒന്ന് അജ്ഞാനം അതിന്റെ ഫലമായി വരുന്ന കർത്തൃത്വം ഭോക്തൃത്വം തുടങ്ങി ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു ഗരഹസ്തു ഇതങ്ങനെയല്ല കർത്തൃത്വം ഭോക്തൃത്വം എന്നെ ഉപേക്ഷിച്ച് കാമനകളെ ഉപേക്ഷിച്ച് വിവേക ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നു അതടുത്ത് പറയുന്നു വസ്തുപ്രാധാന്യ ആ പുരുഷ തന്ത്രത്വ ബ്രഹ്മവിജ്ഞാന ഈ ബ്രഹ്മവിജ്ഞാനം കർത്തൃത്വഭോക്തൃത്വ ആദികളെ ആശ്രയിച്ചിരിക്കുന്നാണ് അവിടെ വസ്തുവിനാണ് പ്രാധാന്യം വസ്തു എങ്ങനെയോ വസ്തുവിന്റെ വാസ്തു സ്വരൂപം എങ്ങനെയോ അങ്ങനെയാണ് ജ്ഞാനം ഈ വസ്തു വസ്തു എന്ന് പറയുന്നത് എങ്ങനെയാണ് അവനുവിന്റെ സ്വരൂപത്തെ കുറിച്ചു അവനുവിന്റെ സ്വരൂപത്തിന്റെ യഥാർത്ഥമായ ജ്ഞാനമാണ് അവൻ്റെ ഉണ്ടാവും സ്വസ്വരൂപത്തിന്റെ യഥാർത്ഥമായ ജ്ഞാനം എന്താണ് അത് അകർത്താവാണ് അഭോക്താവും കർത്താവും ഭോക്താവും ആ വസ്തുവിനനുസരിച്ചുള്ള ജ്ഞാനം ഉണ്ടാവും മറിച്ച് തന്നിൻ്റെ ഇരിക്കുന്ന കർണങ്ങൾക്കനുസരിച്ചുള്ള ഞാനും ഉണ്ടാവും തന്നിന്റെ ഇരിക്കുന്ന കർണങ്ങൾക്കനുസരിച്ചുള്ള ഞാനുണ്ടായ എങ്ങനെയിരിക്കും തന്റെ മനസ്സ് തന്റെ സംസ്കാരം തന്റെ വികാരങ്ങൾ വിചാരങ്ങൾ ഇതെല്ലാം കുടിച്ചാൽ ഇതിനനുസരിച്ചാണ് ഞാൻ ഉണ്ടാകണമെങ്കിൽ തന്നെ കുറിച്ചനുസരിക്കും ഞാൻ കർത്താവാണ് ഭോക്താവാണ് ഞാൻ പ്രവർത്തിക്കുന്നവനാണ് ഫലത്തെ അനുഭവിക്കുന്നവനാണ് എന്നുണ്ടാവും ഇതങ്ങനെയല്ല സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം വസ്തുപ്രാധാന്യമാണ് വസ്തുവിനനുസരിച്ചുള്ള ജ്ഞാനം ഉണ്ടാകും നേരത്തെ പറഞ്ഞല്ലോ പരോക്ഷജ്ഞാനം ആ പരോക്ഷ ജ്ഞാനവും അങ്ങനെ പരോക്ഷമായി തന്നെ അറിയുന്നതും അങ്ങനെ സ്വസ്വരൂപം ഈ കർമാദികളിൽ നിന്നും മുക്തമാണ് ജനന മരണങ്ങളിൽ നിന്നും മുക്തമാണ് നേരത്തെ പറഞ്ഞല്ലോ അത് അജമാണ് അഭയമാണ് ഇതാണ് വസ്തുജ്ഞാനം വസ്തുവിനനുസരിച്ചുള്ള കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഞാനുമല്ല ആത്മാവിനെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടാകുന്നത് ആ പുരുഷതന്ത്രത്വ ജീവതന്ത്രമൻ ജീവനധീനമൻ ജീവൻ എന്ന് പറയുന്നത് എന്താണ് ഇന്ദ്രിയങ്ങളും മനസ്സും ഈ സംസ്കാരവും എല്ലാം കൂടിച്ചേർന്നു ആ ജീവന്റെ കൽപ്പനകളിൽ തന്നെ കുറിച്ച് എന്താണോ പല ഭാവനകളും വരും ജീവന്റെ കൽപ്പനയാണ് അതെല്ലാം ഞാൻ പുരുഷനാണ് ഞാൻ സ്ത്രീയാണ് ഞാൻ യുവാവാണ് വൃദ്ധനാണ് ബ്രഹ്മചാരിയാണ് ഗൃഹസ്ഥനാണ് സന്യാസിയാണ് ഈ കല്പനകളെല്ലാം ഇതെല്ലാം പുരുഷതന്ത്രമാണ് ജീവതന്ത്രമാണ് ജീവന്റെ അനേക കാരണങ്ങളുടെ സംയോജിതമായ പ്രവർത്തനം കൊണ്ട് ഫലമായുണ്ടാകുന്ന വിജ്ഞാനമാണ് ഇത്രയൊരു വിജ്ഞാനത്തെ ആശ്രയിച്ചു കൊണ്ടാണ് ഒരുവൻ ഓരോ പ്രത്യേക ധർമ്മത്തെ സ്വീകരിക്കുന്നത് ഗർഹസ്യം പോലെയുള്ള ധർമ്മത്തെ സ്വീകരിക്കുന്നത് ഈ വിജ്ഞാനമാണ് കാമത്തെയും കർമ്മത്തെയും എല്ലാം നിലനിർത്തുന്നത് അതിന് പുരുഷതന്ത്രം ആണത് ആത്മവിജ്ഞാനം അങ്ങനെയുള്ളത് ആ പുരുഷതന്ത്രമാണ് അത് ജീവനധീനമല്ല അതിന് പറയുന്നത് സ്വയം പ്രകാശമാണ് മറ്റതിനെ ആശ്രയിച്ച് പ്രകാശിക്കുന്ന സ്വയം പ്രകാശിക്കുമ്പോൾ അവിടെ ആത്മസ്വരൂപത്തിൽ ഈ കാമവും കർമ്മവും ഒന്നുമില്ല ഇല്ലെങ്കിൽ പിന്നെ അവിടെ കാമകർമ്മജ്ഞാനങ്ങൾ എങ്ങനെയുണ്ടാവും എങ്ങനെയാണ് ഞാൻ കാമിയാണ് ഞാൻ കർമ്മിയാണെന്ന് തന്നെ അറിയുന്നത് എങ്ങനെ അതാണ് പുരുഷ തന്ത്രമെന്നും വസ്തുതന്ത്രമെന്നും പറയുന്നതിന്റെ വ്യത്യാസം സന്യാസിയുടെ ജ്ഞാനം അങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം എന്താണോ അതീ കരണങ്ങളെയും മറ്റും ആശ്രയിച്ചുള്ളാൽ സ്വസ്വരൂപത്തെ ആശ്രയിച്ചുള്ള ജ്ഞാനവും സൂര്യന്റെ പ്രകാശം മറ്റെന്തെങ്കിലും പ്രകാശത്തെ ആശ്രയിച്ചുള്ളാൽ അതതിന്റെ സ്വരൂപമാണ് ആ അന്ധകാരത്തിന് സ്ഥാനമെന്ന് സ്വയം പ്രകാശിക്കുന്നുവെന്ന് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും മറിച്ച് അങ്ങനെ പുരുഷ തന്ത്രം എന്ന് പറയുമ്പോൾ എന്നാണ് അവിടെ പ്രകാശം ഇരട്ടും കൂടിക്കല്ലടുന്നത് അവിടെ പ്രകാശം കൊണ്ട് മങ്ങിയ വെളിച്ചം മെഴുകുതിരിയുടെ വെളിച്ചം എന്നൊക്കെ അവിടെ രണ്ടും കൂടി കല്ലടുന്നിരിക്കുന്നു ആ വസ്തുവിന്റെ പ്രകാശത്തെ മറ്റിരുട്ട് വന്നു മൂടുന്നു ആ കണ്ണിലൂടെ കാണുന്നു ആ കണ്ണിലൂടെ കാണുമ്പോൾ തന്നെ കുറിച്ച് പലതും തോന്നുന്നു ഇന്നുമ്പോൾ പറഞ്ഞ തരത്തിൽ തന്നെ കുറിച്ച് പല സങ്കല്പങ്ങളും വരും അതൊക്കെ പുരുഷ തന്ത്രമാണ് ബ്രഹ്മവിജ്ഞാനം അങ്ങനെയല്ല എന്നൊക്കെ അപ്പോൾ സന്യാസി ആശ്രയിക്കുന്നത് ആ വസ്തു പ്രാധാന്യമുള്ള ഞാനൊക്കെയാണ് വസ്തുവിനെ അതായി അറിയാൻ ശ്രമിക്കും സ്വസ്വരൂപത്തെ സ്വരൂപമായി അറിയാൻ ശ്രമിക്കുന്നു സ്വസ്വരൂപ പ്രകാശത്തിൽ നിലനിൽക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ഇതിനെല്ലാം യോജിക്കത്തില്ല നിങ്ങളുടെ ജ്ഞാനം എത്ര കാലം പുരുഷ തന്ത്രമായിരിക്കുന്നു നിങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം ലോകത്തെ കുറിച്ചുള്ള ഞാനിത് കുറിച്ചല്ല പറയുന്നു ഞാൻ എന്നെ അറിയുന്നത് എന്റെ അറിവ് എപ്പോഴാണോ ഈ ജീവതന്ത്രമായിരിക്കും തന്ത്രം എന്ന് വെച്ചാൽ അധീനം എന്നുള്ള അർത്ഥമാണ് നമ്മൾ തന്ത്രം എന്ന് പറയുന്ന സാധാരണ തന്ത്രം ഉണ്ടല്ലോ എപ്പോഴാണോ അത് ജീവൻ അധീനമായിരിക്കുന്ന ആ അറിവ് അത്രയും കാലം താൻ ഗ്രഹസ്ഥനാണ് എപ്പോഴാണോ ആ അറിവ് ജീവാധീനമല്ലാതാകുന്നത് അറിവ് എപ്പോഴാണോ സ്വയം പ്രകാശിക്കുന്നത് മറ്റൊരു ഉപാധിയിലൂടെയും ആ അറിവിനെ റിയാതിരിക്കുന്നത് അപ്പൊ അത് സന്യാസമായി സന്യാസി ധർമ്മം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം അങ്ങനെയുണ്ട് നിങ്ങളുടെ വ്യത്യാസം പുരുഷ തന്ത്രവും അല്ലെങ്കിൽ കർത്തൃതന്ത്രവും ചിലടത്ത് പറയും ബ്രഹ്മസൂത്രത്തിന് കർത്തൃതന്ത്രം എന്ന് പറയും ഇവിടെ പുരുഷ തന്ത്രം എന്ന് പറയും ചില ജീവതന്ത്രം എന്ന് പറയും എല്ലാം ഒന്ന് തന്നെ മറ്റേ വസ്തുതന്ത്രം എന്ന് പറയും അതാണ് ഇവിടെ പറയുന്നത് വസ്തുസാമാന്യത് അപുരുഷതന്ത്ര അതുകൊണ്ട് തസ്മാധൃഷ്ടം ഇയാദിശ്രുർശ്യത്തെ പൂർവകാന്ഡും ഉത്തരകാണ്ടുമായിട്ടുള്ള ബന്ധത്തെ ഇവിടെ യോജിപ്പിക്കുക വേദത്തിൽ ഇതുവരെ പറഞ്ഞ ഈ കർമ്മകാണ്ഡങ്ങളും ഇവിടെ പറയുന്ന ഈ ആത്മബോധവും തമ്മിൽ പ്രതിബോധം എന്ന് പറയുന്നത് തമ്മിൽ എന്താ ബന്ധം ദുഷ്ടേഭ്യോ ബാഹ്യസാധന സാധ്യഭ്യോ വിരക്ത എന്ന് പറഞ്ഞു ദുഷ്ടവും അധിഷ്ഠവുമായിരിക്കുന്ന ബാഹ്യസാധന സാധ്യങ്ങളിൽ നിന്നും വിരക്തനാണ് ിഷ്ടമായിരിക്കുന്ന സാധനം എന്താണോ ജായാ പുത്രാദികൾ അതൊക്കെ ദിഷ്ടമായിരിക്കുന്ന സാധനം അധിഷ്ഠമായിരിക്കുന്ന സാധ്യങ്ങൾ പരലോകങ്ങളും ഈ ചക്രത്തിൽ വിരക്തനായ അവന് അപ്പൊ ആ കർമ്മങ്ങൾ അത് അവന് പറഞ്ഞു ആ കർമ്മങ്ങൾ അവിടെ നിഷ്കാമമായ അനുഷ്ഠാനം അതിന് ത്യജിക്കേണ്ടതിന് അങ്ങനെയല്ലാ വന്ന് ക്രമമായി അവൻ വിരക്തിയുടെ മാർഗത്തിൽ വരുന്നു വിരക്തനെന്ന് വെച്ചാൽ സന്യാസി ഇതിനെല്ലാം ഉപേക്ഷിച്ച് അവൻ സന്യാസിയാകുന്നു എന്തിനു സന്യാസിയാകുന്നു ഈ ശ്രവണാദി സാധനകൾ അല്ലെങ്കിൽ അവന്റെ അന്ധക്കരണത്തിന്റെ ശ്രദ്ധിക്കുവേണ്ടി അങ്ങനെയുള്ളവൻ പ്രത്യേകാത്മവിഷയാണ് ബ്രഹ്മ ജിജ്ഞാസ അവന് ബ്രഹ്മജിജ്ഞാസ ഉണ്ടാവും സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ജിജ്ഞാസുണ്ടാവും അതിനാണ് ഇവിടെ കേനേഷിതം ഇത്യാദി ശ്രുത്യ പ്രദർശിതാധനസമ്പന്നനായ ഒരുവനും വിരക്തനായ ഒരുവനും സ്വസ്വരൂപത്തെക്കുറിച്ച് വരുന്ന ആ ജിജ്ഞാസയെ ശ്രുതി പ്രദർശിപ്പിക്കുകയാണ് ശിഷ്യാചാര്യപ്രശ്ന പ്രതിവചന രൂപേണ കഥനന്തോ സൂക്ഷ്മവസ്തുവിഷയത്വസുഖപ്രതിപത്തി കാരണം ഭവതി ഇവിടെ ഈ ഉപനിഷ ശ്രവിക്കുമെന്ന് നമുക്ക് തോന്നുന്നത് ഒരാളും മറ്റൊരാളോട് ചോദിക്കുന്നത് പോലെയാണ് കേന വിശിതം കേന പ്രേഷിതം എന്നെല്ലാം ചോദിക്കുന്നു ആരക്ഷിച്ചിട്ടാണ് ആര് പ്രേരിപ്പിച്ചിട്ടാണ് ആരുടെ ഇച്ഛ കൊണ്ട് പ്രേരിപ്പിച്ചിട്ടാണ് ഇങ്ങനെയെല്ലാമുള്ള അർത്ഥം നമുക്ക് തോന്നും അപ്പൊ അതൊരു ചോദ്യമാണല്ലോ ആ ചോദ്യരൂപത്തിൽ പ്രശ്ന പ്രതിവചന രൂപത്തിൽ ചോദ്യ സമാധാനമെന്നുള്ള രൂപത്തിൽ ഇതിനെ അവതരിപ്പിക്കുന്നതിനു വേണ്ടി സൂക്ഷ്മവസ്തു വിഷയക്കുക സൂക്ഷ്മവസ്തുവിന് ചിന്ത കൊണ്ടേ ഗ്രഹിക്കാൻ പറ്റും ചിന്തയെ ദ്യോതിപ്പിക്കുന്നതാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നവനും ചിന്തയുണ്ട് മൗനമായിരിക്കുന്നവൻ ഉറങ്ങുന്നു അല്ലെങ്കിൽ അവൻ ചോദിച്ചേ മതിയാവും ചിന്തയുടെ അടയാളമാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്തിന് ചോദിക്കണം എന്തിനു ചിന്തിക്കണം പറയുന്നു സുഖ പ്രതിപത്തി കാരണം ഭവതി അനായാസമായ ഇതിന്റെ പ്രതിപത്തി ബോധം സുഖം അനായാസം അനായാസമായി ഇത് ഗ്രഹിക്കണമെങ്കിൽ ചിന്തിച്ചേ മതിയാവും അതിന്റെ മനനം അതിനുവേണ്ടി ാണ് ഇത് ഈ രീതിയിൽ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേനേഷിതം എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ഒരു ചോദ്യ രൂപത്തിൽ അത് അവതരിപ്പിക്കുന്നത് കേൾക്കുന്നവൻ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടെന്നാണ് സ്വയം ചോദിക്കണം ചോദിക്കണം എന്നാലിത് അനായാസമായി ഇത് ഗ്രഹിക്കാൻ ഇതിനെ ഗ്രഹിക്കാൻ കഴിയത്തുള്ളു അതുകൊണ്ട് അതിനുവേണ്ടി മനനത്തിന് വേണ്ടി മനനത്തിന് പ്രേരിപ്പിക്കാൻ വേണ്ടി ശ്രോതാവിനെ മനനത്തിന് പ്രേരിപ്പിക്കാൻ വേണ്ടി സ്വയം വക്താവ് തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു ഭാഷ്യത്തിന് നമ്മൾ കാണാറില്ലേ ഭാഷകാരൻ ഓരോ ചോദ്യം ചോദിക്കും പിന്നെ സമാധാനം പറയും വീടിൻ്റെ ചോദ്യം ചോദിക്കും സമാധാനം പറയും ആ ചോദ്യ സമാധാനം എല്ലാം തനിക്ക് വേണ്ടിയല്ല ശ്രോതാവിനെ കൊണ്ടാ ചോദ്യങ്ങൾ ചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി അതാണ് ഉദ്ദേശിക്കുന്നത് മനനത്തിന്റെ പ്രാധാന്യത്തെ കാണിക്കുകയാണ് അല്ലെങ്കിൽ ഗ്രഹിക്കാൻ കഴിയത്തില്ല ഇത് കേട്ടുകഴിഞ്ഞാലും പ്രത്യേകിച്ചൊന്നും കലയിൽ കയറത്തില്ല വർഷങ്ങളോളം വായും പൊളിച്ചു മുമ്പ് ഇരുന്നാലും കലയ്ക്കകത്തൊന്നും കേറത്തില്ല സ്വയം ചോദിച്ചില്ലെങ്കിൽ എന്തോക്കെ നടക്കുന്നതായിത്തോന്നും അംബികമായി സ്വയം ചിന്തിക്കണം സ്വയം ചിന്തിക്കണമെന്ന് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി ശ്രുതി ചോദ്യങ്ങൾ എവിടെ ഇത്ര ചോദ്യങ്ങൾ വന്നാലും അത് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചിന്തായാണ് ഇതിന്റെ ഒരു ഉപായം എന്ന് കാണിക്കുകയാണ് എന്നാണ് ഇവിടെ ഭാഷകാരം പറയുന്നത് സൂക്ഷ്മവസ്തു വിഷയത്തുക എന്താ ചിന്തിക്കാതെ ഇത് കേട്ടാൽ ഉടൻ മനസ്സിലാകത്തില്ല ഇല്ല കാരണം ഇത് സൂക്ഷ്മമാണ് എന്താ മനസ്സ് വളരെ സ്ഥൂലവും സ്ഥൂലമായിരിക്കുന്ന മനസ്സിന് സൂക്ഷ്മമായ ഇതിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല ചിന്തയിലൂടെ എന്ത് ചെയ്യുന്നു ഇത് സൂക്ഷ്മമാകുന്നു മനസ്സ് അഗ്രിയ ബുദ്ധിയ കടൂവൻഷത്തിൽ പറഞ്ഞു അതിസൂക്ഷ്മമായ മനസ്സുകൊണ്ട് അങ്ങനെ അതിസൂക്ഷ്മമായ മനസ്സിന് ഇത് പ്രകാശിക്കുന്നു അതേ സമയം കേവല തർക്ക അഗമ്യത്വം ചന്ദർശി തർക്ക കേവലം തർക്കം കൊണ്ടും ഇത് ഗ്രഹിക്കാൻ പറ്റത്തില്ല ചിന്ത എന്ന് പറയുമ്പോ കേവലമായ യുക്തി ചിന്ത അതാണോ ഉദ്ദേശിക്കുന്നത് അതല്ല സ്വന്തം ബുദ്ധിബലത്തെ ആശ്രയിച്ചുള്ള ഇതല്ല കേവല തർക്കാഗമ്യത്വം കേവല തർക്കം കൊണ്ടൊന്നും ഇത് സാധ്യമല്ല ചിന്ത തർക്കമായിട്ട് മനനവും തർക്കവും രണ്ടും രണ്ടാണ് കേവല തർക്കവും മനനവും മനനത്തിൽ തർക്കമുണ്ട് പക്ഷെ അത് കേവല അതുകൊണ്ട് സാധ്യമല്ല എന്തുകൊണ്ട് നേഷ തർക്കേണ മതിരാപനേയേശാം മതി തർക്കേണെന്നാപന കേവലമായ ചിന്ത കൊണ്ട് കേവലമായ തർക്കം കൊണ്ട് ഇത് പ്രാപിക്കാനും സാധ്യമല്ല പറയുമല്ലോ ചിന്ത കാടുകയോ നിരാശ്രയമായി നിരാലംബമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ചിന്ത കാടുകയോ അവിടെയും ഇത് സാധ്യമല്ല അത് ശ്രുതി തന്നെ ചിന്തിക്കാൻ പറയുന്ന ശ്രുതി തന്നെ ചിന്തയുടെ നിഷ്പ്രയോജനത്വത്തെക്കുറിച്ചും പറയുന്നുണ്ട് രണ്ടും മനസ്സിലാണ് അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് എന്തായാലും ചിന്തിച്ചാൽ കിട്ടുമോ ചിന്തിച്ച് കിട്ടുന്നതാണോ മനസ്സാണ് മനതയെ മനസ്സുകൊണ്ട് മനനം ചെയ്യാത്തതാണെന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചാൽ അതെങ്ങനെ കിട്ടും അതുകൊണ്ട് ചിന്തിച്ചാൽ കിട്ടുമെന്ന് പറയുന്ന ശ്രുതി തന്നെ ചിന്തിച്ചാൽ എന്തുകൊണ്ട് കിട്ടുന്നില്ലെന്നും പറയും രണ്ടും പറയുന്നുണ്ട് രണ്ടും മനസ്സിലാകും സമയക്കായി അത് ശ്രുതിയെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ആചാര്യ ശിഷ്യ സംവാദരൂപത്തിൽ ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഭാഷകാലം പറയുന്നത് ശാന്തി ശാന്തി ശാന്തി One, two, three.